സുരശ്രസാ സിംഗ സദാശിവ സംഗ്രഹ ജനമത് സുഹ <spotek> ദേശമായ സഥ്യ സ്യന്തമാന സമുദ്രയണുദ്രം പ്രാപ്യസ്ഥിതാമേ സമുദ്രം പൃച്യത്തെമേ അസ പരിദ്രഷുമാ ഷോഡായ വിദ്യേതാ ചമ ൂപത്തെ मृत सदृष्ट लोकईम स्यम स्रवन्द समय गति ആത്മഭാവോ സമുദ്ര സമുദ്രം പ്രാപ്യപഗമ്യ അസ്ഥം നാമരൂപ തിരസ്കാരം ഈ നദികളെല്ലാം സമുദ്രത്തിലേക്ക് ഒഴുകിയിട്ട് സമുദ്രത്തിലെത്തിച്ചേർന്നു സമുദ്രത്തോട് താതാന്യത്തെ പ്രാപിച്ചു അത് നാമരൂപങ്ങളെ തിരസ്കരിക്കുന്നു ഗംഗ യമുന തുടങ്ങിയ നമ്മളെയും രൂപത്തെയും അതിനോട് താതാം യുക്തപ്രാപിച്ച് കഴിഞ്ഞേതേ താസാം നാമരൂപിക്കുന്നു നാമരൂപങ്ങൾ നശിക്കുന്നു ഗംഗാ യമുന ഇത്യാദി ലക്ഷണേ ഗംഗ യമുന എന്നെല്ലാം പറയുന്ന നാമരൂപങ്ങൾ നശിക്കുന്നു ഗംഗ യമുന ഇത്യാദി ലക്ഷണേ തദ്ദേ ഗമുന എന്നല്ല ഭേദങ്ങൾ അതും നശിക്കുന്നു പിന്നു സമുദ്ര ഇത്യവും കുറച്ചത് പിന്നീട് പറയുന്ന സമുദ്രം സമുദ്രം തീർച്ചയായിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഗംഗ അല്ലെങ്കിൽ യമുന എന്ന് പറയുന്നില്ല സമുദ്രം എന്നേ പറയുന്നുലക്ഷണം പിന്നെന്താകുന്നു അത് കേവലമാകുന്ന ജലം സമുദ്രം എന്ന് പറയുന്നത് ജലം യമുയഥായും ദുഷ്ടാന്ത എങ്ങനെയാണോ ഇത് ഇതുവരെ പറഞ്ഞത് ദുഷ്ടാന്തമാണോ അതുപോലെ ക്ഷണു ദർശന യഥാർക്കി ഷോടക്കലാദ്യ സമുദ്രയത് ഗമനം യു പുരുഷാണമുപ്യസ്തേതാ േദ ചമരത നഷ്ടം തൊച്ചവരെ വിശദീകരിച്ചെ കുറിച്ചാണ് അപ്പുരുഷൻ അരണ് പരിദ്ര സ്വയം ജ്യോതിഷായി പ്രകാശിക്കുന്നവൻ ദുറയുമ്പോ ദർശിക്കുന്നവൻ എന്നുള്ള തന്റെ ഉള്ളും പുറവും എല്ലാം കാണുന്നവൻ ചൈതന്യം തൻ്റെ സ്വരൂപമായിരിക്കുന്ന ചൈതന്യം ആണ് സ്വരൂപഭൂതസ്യ അവിടെ കാണുന്നവൻ എന്ന് പറയുമ്പോൾ സംശയം വരാൻ പുരുഷൻ എന്ന് പറയുന്ന ഒരാൾ കാണുന്നു എങ്ങനെയാണോ താൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറയുന്നവന് ഞാൻ വേറെ എൻ്റെ കണ്ണുപേരെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച പേര് അങ്ങനെ വരുന്നു ദൃഷ്ടോ ദർശന കർത്താന്ന് വരും കർത്തൃ കർത്തരിപ്പറത്തെയുമാണ് അപ്പോൾ ദർശനകർത്താ ദർശനം ദർശിക്കുന്നവൻ എന്ന് അവിടെ ഒരു കർത്തൃഭാവം വരും ഭാഷയുടെ പരിമിതി അസുഖത്തിൽ അതെന്താണ് ആ ദർശനം എന്ന് പറയുന്നത് നമ്മുടെ സ്വരൂപം തന്നെയാണ് അവനു പറയുന്നത് സ്വരൂപഭൂതസ് അതവിടെ ദർശിക്കുന്നില്ല പ്രത്യേകിച്ച് കാണുന്നില്ല സാറിന് പറയുന്നു കാണുന്നു അനുഭവിക്കുന്നു അറിയുന്നു എല്ലാം പറയാറുണ്ട് അത് ഈ ചൈതന്യം തന്നെ ബുദ്ധി തുടങ്ങിയ ഉപാധികളിലൂടെ ആ ബുദ്ധി തുടങ്ങിയ ഉപാധികൾ സൂക്ഷ്മോപാധികൾ ബുദ്ധിമന സ്ഥൂലമായ ശരീരം ഈ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഇതിലൂടെ തന്നെ ഈ ചൈതന്യം പ്രകടമാകുമ്പോ അഭിവ്യക്തമാകുമ്പോ ആണ് പറയുന്നത് അറിയുന്നു അത് പൂർണ്ണമായും വസ്തുവിന്റെ ചൈതന്യത്തിന്റെ സ്വരൂപത്തെ കാണിക്കുന്ന സ്വരൂപം എന്ന് പറയുന്നത് എന്താണ് അവിടെ അറിയുന്നു എന്നൊരു ഭാവം അവിടെ വരില്ല സ്വരൂപത്തിൽ അറിയുന്നു അനുഭവിക്കുന്നു എന്നില്ല പിന്നെയോ അത് കേവലമായ അറിവാണ് കേവലമായ അനുഭവമാണ് അറിവെന്ന് അനുഭവം എന്ന് രണ്ടായിത്തിരിക്കാൻ പറ്റില്ല ഒന്ന് തന്നെ അറിവെന്ന് പറയാം അനുഭവം എന്ന് പറയാം അപരോക്ഷ പ്രകാശമെന്ന് പറയാം അതുകൊണ്ട് അവിടെ പ്രത്യേക എടുത്തു പറയുന്നു അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ അത് സ്വരൂപമാണ് അതിനെപ്പറയും സ്വയം പ്രകാശിക്കുന്നു അവന് ദൃഷ്ടാന്ത സുഷുപ്തി അവിടെ അറിയുന്നു എന്നില്ല അനുഭവിക്കുന്നു പിന്നെ കേവലം അറിവായിരിക്കുന്നു നമ്മൾ പറയുന്നു സുഷുപ്തിയെ ഞാൻ അറിഞ്ഞിരുന്നു സുഷുപ്തിയിൽ അറിഞ്ഞുകൊണ്ടിരുന്നു എന്നെല്ലാം പറയുന്നത് ശരിയല്ല സുഷുപ്തി അറിയാൻ കഴിയത്തില്ല സുഷൃപ്തിയിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല വിനയോ സുഷൃപ്തി അറിവായിരിക്കുന്നു അതാണ് സ്വരൂപം എന്ന് പറയുന്നു അതുപോലെ ഇവിടെ പ്രകാശിക്കുന്നു എന്ന് സർവ്വത്ര പറഞ്ഞു എവിടെയെല്ലാം പറയുന്നു അറിയുന്നു എന്നെല്ലാം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വരൂപമായ അറിവ് എന്നേ ഉള്ളൂ അറിയുന്നു എന്ന് എന്തുകൊണ്ട് പറയുന്നു ആ സ്വരൂപം അറിവ് അതിന്റെ സ്വഭാവം തന്നെയാണ് പ്രകാശിക്കുക എന്ന് പറയുന്നു അതതിന്റെ സ്വരൂപം തന്നെയാണ് അറിവിന് അറിവല്ലാതെ മറ്റൊന്നായിരിക്കാൻ കഴിയില്ല അപ്പം അതിന് അറിവായിരിക്കാനേ കഴിയും അനു ഈ പറയാ അറിഞ്ഞുകൊണ്ടിരിക്കാനേ കഴിയത്തുള്ളു പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും അതിൽ അറിവിന്റെ കർത്തൃത്വമില്ല ഞാൻ അറിയുന്നവൻ എന്നൊരു ഭാവമില്ല അവിടെ ഞാൻ എന്ന് പറയുന്ന നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഞാനെന്നു പറയുന്നതും ഈ അറിവിന്റെ തന്നെ ഒരു സ്ഫുരണമാണ് പക്ഷെ ഞാൻ എന്ന് വരുമ്പോൾ അവിടെ കർത്തൃത്വം വരും അറിവിന്റെ കർത്തൃത്വം വരും ഇപ്പോൾ പ്രവൃത്തിയുടെ കർത്തൃത്വം വരുന്നു ഞാൻ ചെയ്യുന്നു അതുപോലെ ഞാൻ അറിയുന്നു എന്ന് പറയുന്നവർക്ക് അറിവിന്റെ കർത്തൃത്വം വരുന്നതാണ് ജാഗ്രത സംഭവിക്കുന്നത് ഇവിടെ അറിവിന്റെ കർത്തൃത്വം വരുന്നു പക്ഷെ അവിടെ ഞാൻ അറിയുന്നു എന്നുള്ള അറിവിന്റെ കർത്തൃത്വം വരുന്നിരുന്നുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന ഭാവം അവിടെയില്ല അത് നഷ്ടപ്പെട്ടു പോയി ഞാനില്ലാത്തടത്ത് ഒരിക്കലും അറിവിൽ കടുത്തിടത്തും വരത്തില്ല അറിയുന്നു എന്നും പറയാൻ കഴിയില്ല പിന്നെന്താണ് അത് കേവലം അറിവാണ് അതിന്റെ സ്വഭാവം എന്താ അറിയുക എന്ന് തന്നെയാണ് പിന്നെ അതിനെന്താ കൂടുതൽ ആയിട്ട് വരാത്തത് ഞാൻ അറിയുന്നു എന്ന് വരത്തില്ല ആ സമയം അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു അതുകൊണ്ടാണ് അതിനെ പറയുന്നത് സ്വയം പ്രകാശമാണ് ഉദാഹരണം പറയുന്നു യഥാർത്ഥ സ്വാത്മപ്രകാശ ഇപ്പൊ സൂര്യനെ കുറിച്ച് പറയുന്നു സൂര്യൻ പ്രകാശിക്കുന്നു സൂര്യൻ പ്രകാശിക്കുന്നു പറഞ്ഞാൽ എന്താർത്ഥം പ്രകാശിക്കുക എന്ന് പറയുന്ന ഒരു കർത്തൃത്വം സൂര്യൻ എന്ന് പറയുന്നത് ജഡമായ ഒരു വസ്തുവാണ് കർത്തൃത്വം എന്ന് പറയുന്നത് ചൈതന്യത്തിന്റെ സ്വഭാവമാണ് ചൈതന്യ സ്വഭാവമായിരിക്കുന്ന കർത്തൃത്വം ഇങ്ങനെ സൂര്യനിൽ വരും പക്ഷേ എന്നാലും പ്രകാശിക്കുന്നുണ്ട് എന്താണ് അതതിൻ്റെ സ്വരൂപമാണ് അവിടെ ഞാൻ പ്രകാശിക്കുന്നു അങ്ങനെ ഒരു കഠ്തൃത്വം അതില്ലെങ്കിലും അത് പ്രകാശിച്ചുകൊണ്ടിരുന്നില്ല അതെന്റെ സ്വരൂപം തന്നെയായിരിക്കുന്നു അതുപോലെ ഇവിടെ പരിദഷ്ടാവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം അഹം മമ ഇത്തരം വൃത്തികളൊന്നും കൂടാതെ ബുദ്ധിവൃത്തികളൊന്നും കൂടാതെ ജാഗ്രത സ്വപ്നം സുഷക്തി ഈ അവസ്ഥകളിൽ ഏകരൂപത്തിൽ അത് അറിവായി തന്നെ ഇരിക്കുന്നു പ്രകാശിച്ചുകൊണ്ടുതന്നെയിരിക്കുന്നു എന്നാണ് സൂര്യൻ്റെ ദൃഷ്ടാന്തം സ്വാത്മപ്രകാശ തദ്വീമാ ഷോടലാ പ്രാണകലാ അങ്ങനെയുള്ള പുരുഷായണ നദീനമിവ സമുദ്ര പുരുഷായനും ആത്മഭാവഗമനം വ്യാസം കലാനാന് അതുപോലെ പറയുന്നു പരിദൃഷ്ടാവായിരിക്കുന്ന ഈ പുരുഷൻ ആ പുരുഷനൻ ആണ് ഇതെല്ലാം പ്രകടമായത് അതീമാ ഷോഡ കലാഹ് വിശദീകരിച്ച ആ ഷോഡശ കലകൾ പതിനാറ് അംശങ്ങൾ അതാ പുരുഷന് പ്രകടമായി എന്ന് പറയാം പ്രാണാദ്യഹ ഉക്താഹ അതിൽ ഹിരണ്യഗർഭൻ തുടങ്ങി ബ്രഹ്മത്തിൽ പ്രകടമായ ഹിരണ്യഗർഭൻ തുടങ്ങിയവ കലാഹ പുരുഷായണ അതെല്ലാം പുരുഷൻ എന്ന് പറയുന്ന അയനത്തോടു കൂടിയതാണ് ആശ്രയത്തോടു കൂടിയതാണ് പുരുഷൻ എങ്ങനെയാണ് കലകൾക്ക് ആശ്രയമായിരിക്കുന്നത് അത് പുരുഷ താഥാന്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു അതാണ് ആശ്രയം എന്ന് പറയുന്നത് സാധാരണ ആശ്രയം ആശ്രയഭാവം പുസ്തകത്തിന് ആശ്രയമായിരിക്കുന്നു മേശ എന്നു പറഞ്ഞാൽ പുസ്തകം മേശയല്ല രണ്ട് വസ്തുക്കളാണ് രണ്ട് വസ്തുക്കൾക്കും തമ്മിൽ പരസ്പര ബന്ധമുണ്ട് ആ ബന്ധത്തെയാണ് പറയുന്നത് ഇവിടെ പറയും രണ്ടും തമ്മിൽ സംയോഗത്തിലിരിക്കുന്നു എന്ന് പറയും ഇവിടെയും പറയും എന്താണോ മേശയാണ് പുസ്തകത്തിന്റെ ആശ്രയം മേശയാണ് പുസ്തകത്തിന്റെ അയനം അയനം എന്ന് പറഞ്ഞ ആശ്രയം എന്ന് പറയാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ കലകൾക്കെല്ലാം പുരുഷൻ ആശ്രയമായിരിക്കും ഇങ്ങനെ താതാത്മ്യമായി താതാത്മ്യം എന്ന് പറയുന്ന ഒരു സംബന്ധമാണ് പുസ്തകം മേസയിലിരിക്കുന്ന സംബന്ധമല്ല പുസ്തകം പുസ്തകത്തിലിരിക്കുന്ന സംബന്ധം പുസ്തകം പുസ്തകത്തിലിരിക്കുക എന്ന് പറയുന്ന ഇങ്ങനെ പുസ്തകം പുസ്തകമായിരിക്കുക ആ സംബന്ധം പുസ്തകം പുസ്തകമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പുസ്തകം തസ്വരൂപമായിരിക്കുന്നു പുസ്തകത്തെ സംബന്ധിച്ച് എന്താണ് തന്നിലുള്ള സ്ഥിതി എന്ന് പറയുന്നത് സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത് നിരപേക്ഷമാണ് മറ്റൊന്നിനെ ആശ്രയിക്കാതെ അതതിൽ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായിരിക്കുന്നു അത് മറ്റൊന്നായിരിക്കുന്നില്ല അത് മറ്റൊന്നിലിരിക്കുന്നില്ല രണ്ട് സംഭവിക്കുന്നില്ല അതുപോലെ ഇവിടെ കലകൾ പുരുഷനിൽ എങ്ങനെ ഇരിക്കുന്നു തഥാത്മ്യത്തിലിരിക്കുന്നു തഥാന്മ്യത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ പുരുഷ സ്വരൂപമായിരിക്കുന്നു അതാണ് രണ്ടും തമ്മിൽ ഭേദമില്ലാത്തടത്താണെന്ന് വരുന്നത് ഇവിടെ അദ്വയും ഏകവുമായ തത്വമാണ് ഇവിടെ രണ്ടില്ല രണ്ടുണ്ടെങ്കിൽ പറയാം പുരുഷനിൽ ഈ കലകളെല്ലാം പ്രകടമാകുന്നു പുരുഷനിൽ പ്രകടമായ കലകൾ പുരുഷന് സ്ഥിതി ചെയ്യുന്നു അത് പുരുഷന് വിലയിക്കുന്നു അങ്ങനെ പറയാം പക്ഷെ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോഴും എന്താണ് അവിടെ ഈ കലകൾക്ക് പുരുഷനോടുള്ള ബന്ധം എന്ന് പറയുന്നത് തദാത്മ്യമാണ് ഇവയെല്ലാം പുരുഷസ്വരൂപമാണ് ആത്മഭാവഗമനം ആത്മത്വേന തദാത്മീയന എന്ന് പറയുന്നു അപ്പൊ എവിടെ അതിനു വേണ്ടിയിട്ടാണ് ആത്മശബ്ദം ഉപയോഗിക്കുന്നത് എന്റെ ആത്മാവ് എന്ന് പറയുന്നിടത്ത് എന്താണ് എന്റെ സ്വരൂപം അപ്പം ഞാനാര ഞാനെന്ന് പറയുന്നത് ഈ മനസ്സും ബുദ്ധിയും ശരീരവും എല്ലാം ചേർന്ന ഈ പെണ്ഡം അതാണ് ഞാൻ അപ്പം എൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ് എന്നിൽ ഇരിക്കുന്ന പാരമാർത്ഥികമായ സ്വരൂപം ഏതൊരു തത്വത്തിൽ നിന്നാണോ ഇതിനെ ഒന്നും വേർതിരിക്കാൻ കഴിയാത്തത് ശരീരം മനസ്സ് ബുദ്ധി തുടങ്ങി ഭിന്നങ്ങളായി അനുഭവപ്പെടുന്ന ഇവയെ ഏതൊരു തത്വത്തിൽ നിന്നാണോ വേർതിരിക്കാൻ കഴിയാത്തത് അങ്ങനെ ഒരു തത്വം നമുക്ക് പ്രകടമായി പ്രത്യക്ഷമായി അനുഭവത്തിനുള്ളൂ നമ്മൾ ഈ കാണുന്ന ശരീരം മനസ്സ് ബുദ്ധി ഇതെല്ലാം വേർതിരിക്കുക എന്നുള്ളതാണ് ശരീരത്തെ ഇതിൻ്റെ ഭാഗങ്ങളായി വേർതിരിക്കാം ആന്തരികമായി മനസ്സിന് ബുദ്ധി അതെല്ലാം വേർതിരിക്കാം പ്രാണനെ വേർതിരിക്കാം പക്ഷേ ഇതിൻ്റെ സ്വരൂപമായിരിക്കുന്ന ഏതോ അതിൽ നിന്ന് ഇതിനെ വേർതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സ്വരൂപം ഇവിടെ ആര് കണ്ടിരിക്കുന്നു ആരാണങ്ങനെ ഒരു സ്വരൂപത്തെ അനുഭവിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നു തദാത്മ്യേന ഇതാണ് കലകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞുണ്ടോ ആകാശം ആകാശത്തു നിന്ന് വായു വായുവിൽ നിന്ന് അഗ്നി അഗ്നിയിൽ നിന്ന് അപ്പഹ ജലം പൃഥിവി അങ്ങനെ ഇതെല്ലാം ഉണ്ടായി ഈ ഉണ്ടായതോടെ അതാണ് ഇവിടെ ഇപ്പോൾ ഈ ശരീരമായി ഇരിക്കുന്നത് ആ കലകളുടെ സൃഷ്ടിയെ കുറിച്ചാണ് പറഞ്ഞത് വീദ്യം ശ്രദ്ധ തുടങ്ങിയെല്ലാം ഇത് ഈ കലകൾ പരസ്പരം ഏർതിരിക്കാവുന്നതാണ് പറയുന്നു പക്ഷേ ഇത് പരിധിഷ്ഠ പരിധിഷ്ഠ ആയി ആ പുരുഷനോട് എങ്ങനെ സ്ഥിതി ചെയ്യുന്നു പറയുന്നത് തദാത്മ്യത്തിന് എന്താണ് സംബന്ധം തദാത്മ്യ സംബന്ധം തദാത്മ്യം എന്ന് പറയുന്നത് എന്താണ് സ്വരൂപം ആരുടെ സ്വരൂപം ഈ പുരുഷന്റെ സ്വരൂപം എന്തുകൊണ്ട് സ്വരൂപം എന്ന് പറയുന്നു സ്വരൂപത്തിൽ നിന്ന് ഒരു വസ്തുവിനെ ഒരിക്കലും വേർതിരിക്കാൻ കഴിയില്ല ഇവയൊക്കെ പരസ്പരം വേർതിരിക്കാം പക്ഷെ ഒരു വസ്തുവിനെയും അതിന്റെ സ്വരൂപത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല അഗ്നി അതിൻ്റെ സ്വരൂപമാണ് പ്രകാശം പ്രകാശത്തിൽ നിന്ന് അഗ്നിയെ വേർതിരിക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കലകളുടെ സ്വരൂപമായിരിക്കുന്ന പുരുഷൻ ആ പുരുഷനിൽ നിന്ന് ഇതിനെയും വേർതിരിക്കാൻ കഴിയത്തില്ല സ്വരൂപം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വസ്തുവിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഒരിക്കലും അജ്ഞേയമായിരിക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് ആ വസ്തുവിനെ കാണുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ആ വസ്തുവിന്റെ സ്വരൂപത്തെ കാണുന്നു എന്നാണ് ആ സ്വരൂപത്തെ കാണാതെ വസ്തുവിനെ കാണാൻ കഴിയത്തില്ല പുസ്തകത്തെ ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ പുസ്തക സ്വരൂപത്തെ ഞാൻ കാണുന്നുണ്ട് അതിനപ്രത്യക്ഷമായിരിക്കാൻ കഴിയില്ല കാണുക എന്ന് പറഞ്ഞാൽ അറിയില്ല അപ്പറിയുമ്പോൾ ആ അറിവിൽ നിന്ന് അതിന് മാറിയിരിക്കാൻ കഴിയത്തില്ല അപ്രത്യക്ഷമായിരിക്കാൻ കഴിയത്തില്ല പുസ്തകത്തെ അറിയുമ്പോൾ അതിനെ അവിടെ ആ പുസ്തകത്തിൻ്റെ സ്വരൂപത്തെയാണ് ഞാൻ അറിയുന്നത് ആ എന്തുകൊണ്ട് പറയുന്നു കാരണം വസ്തുവിനെ ഞാൻ കാണുന്നുണ്ട് അല്ലെങ്കിൽ കാണുകയാണെന്നോ അല്ലെങ്കിൽ അറിയുകയെന്നോ പറയാം കണ്ണ് തുറന്ന് കാണുമെന്നില്ല കണ്ണടച്ചിട്ട് സ്പർശിച്ചാണെന്ന് അപ്പം അങ്ങനെ ഏത് വസ്തുവിനെ അറിഞ്ഞാലും ശരി അങ്ങനെ അറിയുന്നിടത്ത് വസ്തുവിനെ അറിയുമ്പോൾ അറിയുന്നത് ആ വസ്തുവിന്റെ സ്വരൂപത്തെയാണ് ഏതൊരു സ്വരൂപത്തിൽ നിന്നാണോ ആ വസ്തുവിനും മാറാൻ കഴിയാത്തത് ആ സ്വരൂപത്തെ അപ്പോ ഓരോ വസ്തുക്കളെ കാണുമ്പോഴും ആ വസ്തുവിന്റെ സ്വരൂപത്തെയാണ് കാണുന്നതെങ്കിൽ എന്താണ് ആ സ്വരൂപം ഏതെങ്കിൽ നിന്നാണോ ആ വസ്തുവിനും മാറാൻ കഴിയാത്തത് അതാണ് ആ വസ്തുവിന്റെ സ്വരൂപം എന്ന് പറഞ്ഞു ഞാൻ ഈ പുസ്തകത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഓരോ അംശങ്ങളെനിക്ക് മാറ്റാം ഇതിൻ്റെ ഓരോ പേജുകളായിട്ട് എനിക്ക് മാറ്റാം ഇതിൻ്റെ ഓരോ അക്ഷരങ്ങളായിട്ട് മാറ്റാം പക്ഷേ ഏതിൽ നിന്നാണ് ഇതിനെ മാറ്റാൻ കഴിയാത്തത് ഇതിൻ്റെ സ്വരൂപത്തിൽ നിന്ന് അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്വരൂപം ഏതൊരു വസ്തുവിനെ സംബന്ധിച്ചും സ്വരൂപമായിരിക്കുന്നത് എന്താണ് അതിനെ തന്നെയാണെന്ന് പറയുന്നത് സച്ചിദാനന്ദം ഏതാണ് ഈ വസ്തുവിനെ കാണുമ്പോൾ പിന്നെ ആ സ്വരൂപം അജ്ഞേയമായിരിക്കാനും പാടില്ല അങ്ങനെയുണ്ട് അജ്ഞേയമായിരിക്കുകയാണെങ്കിൽ ഞാനതാ ഈ പുസ്തകത്തെ അറിയുന്നു എന്നെനിക്ക് പറയാൻ കഴിയത്തില്ല ഞാൻ ഇമ്മേജെ അറിയുന്നു എന്ന് പറയാൻ കഴിയത്തില്ല മറിച്ച് അത് എനിക്ക് ജ്ഞേയമായിരിക്കുന്നു അപ്പം എന്താണ് ആ സ്വരൂപം ആ വസ്തു അനുഭവ വിഷയമാകുമ്പോൾ ഏതിലാണോ ആ വസ്തു സ്ഥിതി ചെയ്യുന്നത് അതാണ് അതിന്റെ സ്വരൂപം ഏതിലാ വസ്തു സ്ഥിതി ചെയ്യുന്നത് ഏതിലാണോ വസ്തു ഇപ്പോൾ പുസ്തകം എവിടെയിരിക്കുന്നു മേശപ്പെടുത്തും പുസ്തകം മേശപ്പെടുത്തിയിരിക്കുമ്പോൾ ആ മേശയുടെ അനുഭവത്തെ കൂടാതെ പുസ്തകത്തിന്റെ അനുഭവം ഉണ്ടാകത്തില്ല എൻ്റെ അനുഭവം എന്താണ് മേസയിൽ പുസ്തകം ഇരിക്കുന്നതായിട്ടാണ് എന്തുകൊണ്ടത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട് നമ്മൾ സംയോഗമെന്ന് പറയും പിന്നെ അത് ആ വസ്തുവെടുക്കുക പുസ്തകം എവിടെയിരിക്കുന്നു മേസയിലിരിക്കുന്നു എങ്ങനെ സംയോഗത്തിൽ പുസ്തകം പുസ്തകത്തിൽ എങ്ങനെ ഇരിക്കുന്നു താതാത്മ്യത്തിൽ സ്വരൂപമായിരിക്കുന്നു പുസ്തകത്തെ ഞാൻ അറിയുമ്പോൾ അതിൻ്റെ സ്വരൂപവും അറിഞ്ഞേ മതിയാകൂ അല്ലെങ്കിൽ പുസ്തകജ്ഞാനം ഉണ്ടാകത്തില്ല അതറിയുക അത് പ്രകടമാകുക എന്ന് പറയുമ്പോൾ എന്താണവിടെ ഏതാണോ ആ പുസ്തകത്തെ എനിക്ക് മാറ്റാൻ കഴിയാത്ത രീതിയിൽ അത് പ്രകടമാകുന്ന എന്താണവിടെ പുസ്തകത്തെ എങ്ങനെ അറിയുന്നു അതിനെ സത്തായി അറിയുന്നു അത് എന്തുകൊണ്ടത് അജ്ഞേയമായിരിക്കുന്നില്ല സത്തായി അത് അനുഭവത്തിന് വിഷയമായിരിക്കുന്നുണ്ട് അപ്പോ ഏതിൽ നിന്നാണ് ആ പുസ്തകത്തെ നമുക്ക് മാറ്റാൻ കഴിയാത്തത് അതിന്റെ ഉണ്മയിൽ നിന്ന് എന്താണ് അതിന്റെ സ്വരൂപം ആ സത്തയാണ് അതിന്റെ സ്വരൂപം ആ സത്ത എന്ന് പറയുന്നത് എന്താണ് പുസ്തകത്തെ അറിയുമ്പോൾ അതിൽ സത്തായിരിക്കുന്ന എന്താണ് അറവ് തന്നെയാണ് അതു തന്നെയാണ് അവിടെ സത്തയായിരിക്കുന്നത് അറിവ് സത്തെന്ന് പ്രകാശിക്കുന്നത് പതിനാറ് എന്നോ സത്യമെന്നോ പറയുന്നതാണ് അവിടെ സ്വരൂപമായിരിക്കുന്നത് എന്തുകൊണ്ട് അതിൽ നിന്ന് പുസ്തകത്തെ നിരാകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ന്യേയമായിരിക്കുന്നു എന്തുകൊണ്ട് പുസ്തകത്തെ ഞേയമെന്ന് പറയുന്നു അതറിയുന്നതും ഉണ്ട് അതുപോലെ ഇവിടെ പരിധിഷ്ഠാവായിരിക്കുന്നു അറിയുന്നവനായിരിക്കുന്നു അല്ലെങ്കിൽ കേവലം അറിവായിരിക്കുന്നു പുരുഷൻ ആ പുരുഷനിൽ കാണുന്നതാണ് ഈ കലകളെല്ലാം ഞ്ഞ പുരുഷന് പ്രകടമായതാണ് ആ കലകൾ ആണ് ഈ ശരീരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു പറയുന്നു ആ അറിവിൽ പുരുഷനൻ ആ സത്തയിൽ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു തത് സ്വരൂപമായി ഇതിൻ്റെ എല്ലാം സ്വരൂപം എന്താണ് ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത് സർവ്വാധാരമായിരിക്കുന്ന പരമാർത്ഥ തത്വമാണ് കേവലം ഈ ശരീരപരിച്ഛിന്നമായിരിക്കുന്ന ജീവനല്ല അതിൽ പ്രകടമായതെന്താണ് എന്ന് പറഞ്ഞ് ഹിരണ്യഗർഭൻ തുടങ്ങി സർവ്വവും ശബ്ദസ്പർശരൂപരസഗന്ധാദികളല്ല അവയുടെക്ക് സ്വരൂപമായിരിക്കുന്ന എന്താണ് പരിദിഷ്ടായിരിക്കുന്ന അല്ലെങ്കിൽ അറിവായിരിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ സത്യമായിരിക്കുന്ന പുരുഷൻ അതാണ് ഇവിടെ പറയുന്നത് അത് താതാത്മീയന സ്ഥിതി ചെയ്യുന്നു ആത്മത്വേന താതാത്മീന ശരി അങ്ങനെ സ്ഥിതി ചെയ്തോട്ടെ അതുകൊണ്ടെന്താ പുരുഷൻ പരിദഷ്ടാവായിരിക്കുന്നു പുരുഷന്റെ കലകളാണ് ഈ കാണുന്ന ശരീരവും ബാഹ്യവുമായ പ്രപഞ്ചവുമെല്ലാം ഇതെല്ലാം പുരുഷസ്വരവുമായിരിക്കുന്നു സത്തായി ചിത്തായിരിക്കുന്നു എന്നതിന്റെ താല്പര്യം അങ്ങനെ ആയിക്കോട്ടെ അതുകൊണ്ടെന്താ പറയുന്നു ഗാന്ധവ്യ അത് അറിയുന്നു അവിടെയാണ് പ്രാധാന്യം ഈ വസ്തുവിന്റെ സ്വരൂപം സത്താണ് അറിവാണെന്ന് പറയുന്നു പക്ഷേ അത് സത്താണ് അറിവാണ് എന്നുള്ളത് അതറിയണം അതവൻ അറിഞ്ഞേ മതിയായ എന്തുകൊണ്ട് അവൻ സ്വയം തന്നെ പരിദ്രഷ്ടാവാണ് സർവത്തെ അറിയുന്നവനായിരിക്കുകയാണ് സർവത്തെ അറിയുന്നവനായിരിക്കുമ്പോൾ പറഞ്ഞുള്ള ഒരു വസ്തുവിനെ അറിയുമ്പോൾ വാസ്തവത്തിൽ അറിയുന്നത് എന്താണ് അതിന്റെ സ്വരൂപത്തെയാണ് അതിന്റെ സ്വരൂപത്തെ അറിയാതെ വസ്തുവിനെ അറിയാൻ കഴിയത്തില്ല ആ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവാണ് വസ്തുവിനെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് അറിയുന്നു അറിയുന്നു കലകളുടെ ആത്മഭാവത്തെ താതാത്മ്യഭാവത്തെ ഗ്രഹിക്കുന്നു എന്നാണ് എന്നൊന്നു വെച്ചാൽ അറിവെന്നാണ് യാസങ്കലാനാ ഏതൊരു കലകളുടെ സ്വരൂപത്തെയാണോ അറിയാൻ കഴിയുന്നത് കാഹ പുരുഷ എന്നാഹ ആ കലകളെല്ലാം പുരുഷനെ ആശ്രയിക്കുന്നവയാണ് പുരുഷൻ്റെ ആശ്രയത്വം എന്ന് പറയുന്നതാണ് ആ കലകളുടെ എല്ലാം സ്വരൂപമായി പുരുഷനെ ചൈതന്യത്തെ അല്ലെങ്കിൽ സച്ചിദാനന്ദ നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപത്തെ അറിയാൻ കഴിയുന്നു വിചാരം ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ബോധിപ്പിക്കുമ്പോൾ അയാൾക്ക് അറിയാൻ കഴിയുന്നു ഈ കലകളുടെ എല്ലാം സ്വരൂപമായിരിക്കുന്നത് പുരുഷനാണ് എന്നറിയാൻ കഴിയുന്നു പുരുഷം പ്രാപ്യ പുരുഷാത്മഭാവോപഗമ്യ തഥൈവ അസ്തംഗച്ചതേ അപ്പോ ഇവിടെ പറയുന്നു ഈ കലകളെല്ലാം നശിക്കുന്നു എന്നാണ് അസ്തങ്കച്ചരി ഭിത്യേതേ ഭിത്യേതായ നേരത്തെ അർത്ഥം പറഞ്ഞിരുന്നു വിനശ്യതഹ നാമരൂപേ കലകൾക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് നാമരൂപങ്ങൾ ആ നാമരൂപങ്ങൾ പുരുഷനെ പ്രാപിച്ചിട്ട് അപ്പോ എങ്ങനെയാണോ നദി ത്തെ പ്രാപിച്ചിട്ട് അതിൻ്റെ ഗംഗ യമുന തുടങ്ങിയ നാമങ്ങളെ രൂപങ്ങളും നശിക്കുന്നത് അതുപോലെ പുരുഷനിൽ പ്രകടമായിരിക്കുന്ന ഈ കലകൾ പുരുഷനെ പ്രാപിച്ചിട്ട് പറയും അതിൽ പ്രകടമായിരിക്കുക പുരുഷന് പ്രകടമായിരിക്കുക പുരുഷന് വിലയിക്കുക പുരുഷന് സ്ഥിതി ചെയ്യുക അപ്പോൾ അവിടെ പുരുഷനുള്ള ഉത്പത്തി പുരുഷനുള്ള സ്ഥിതി പുരുഷനുള്ള നാശം എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ഉത്പത്തി എന്ന് പറയുന്നൊരു ക്രിയ പ്രകൃതി സ്ഥിതി എന്ന് പറയുന്ന നിലനിൽപ്പെന്ന് പറയുന്ന ഒരു ക്രിയ നാശം എന്ന് പറയുന്ന മറ്റൊരു ക്രിയ അതല്ല ഇവിടെ പറയുന്നു പുരുഷനിൽ നിന്ന് പ്രകടമാകുന്നൊരു ക്രിയ പിന്നെ പുരുഷനിലേക്ക് വിലയിക്കുന്ന ഒരു ക്രിയ അങ്ങനെയുള്ള ഒരു ക്രിയ ഒരു പ്രവൃത്തിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നു അങ്ങനെ പുരുഷം പ്രാപ്യ പുരുഷാത്മഭാവം ഉപഗമ്യ എന്ന് പറയുന്നു പുരുഷന്റെ സ്വരൂപഭാവത്തെ പ്രാപിച്ചിട്ട് എന്ന് പറയും അങ്ങനെ ഒരു പോക്ക് വരവിനെ കുറിച്ചല്ലോ പറയുന്നു പുരുഷനത് പ്രകടമാകുന്നു നിലനിൽക്കുന്നു പുരുഷന് തന്നെ വിലയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ ഈ പുരുഷനുള്ള അതിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾ എന്ന് പറയുന്നത് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിയയെക്കുറിച്ചല്ല പറയുന്നത് എന്തുകൊണ്ട് ഇവിടെ പറയുന്നു പരിദഷ്ഠ പുരുഷൻ ഇതിന്റെ പരിധഷ്ഠാവായിരിക്കുന്നു പുരുഷന്റെ ദർശനത്തെ കുറിച്ചാണ് പറയുന്നത് പുരുഷന്റെ അറിവിനെ കുറിച്ചാണ് പറയുന്നത് ഉദാഹരണത്തിൽ മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടായി മണ്ണിൽ പാത്രം സ്ഥിതി ചെയ്ത് മണ്ണിൽ തന്നെ വിലയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ പാത്രത്തെ കാണുമ്പോൾ ആ തന്നെ പാത്രത്തിൻ്റെ തത്വത്തെ ഒരാൾ ഗ്രഹിക്കുന്നു എന്നാണ് എൻ്റെ താല്പര്യം എന്താണ് അത് പാത്രമായിരുന്നാലും അത് നശിച്ചാലും അത് മണ്ണ് തന്നെയാണ് അവിടെ പാത്രത്തിനത് സ്വയം അറിയാൻ കഴിയുന്നില്ല അത് ജഡമായ ഒരു ദിവസമാണ് ഇവിടെ കലകളോടുകൂടിയിരിക്കുന്നവരാണ് പുരുഷൻ പുരുഷൻ അതിനെ അറിയാൻ കഴിയുന്നുണ്ട് എന്താണ് പുരുഷൻ എങ്ങനെ അറിയുന്നു യെല്ലാം അതിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾ എന്ന് കരുതുന്നിടത്ത് എന്ന് കരുതുന്നിടത്തുന്നെന്തോട് പറയുന്നു ആ കലകളുടെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾ വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല പക്ഷേ പരിധിഷ്ഠാവായിരിക്കുന്ന ആ പുരുഷന് ഈ കലകളുടെ ഉത്പത്തി സ്ഥിതി നാശങ്ങളെ കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു എങ്ങനെ ബോധമുണ്ടാകുന്നു ീ ഉപത്തി സ്ഥിതി നാശങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഉത്പത്തി സ്ഥിതി നാശം ഒന്നുവരിണാമം സംഭവിക്കുന്നു അല്ലെങ്കിൽ വികാരങ്ങൾ സംഭവിക്കുന്നു ആ വസ്തുക്കൾ അവയുടെ ഈ വസ്തുക്കൾ അവയുടെ പരിണാമത്തോടൊപ്പം എന്താണ് പരിദിഷ്ടാവായിരിക്കുന്ന പുരുഷൻ തന്നെയാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നു അപ്പോൾ പുരുഷനിൽ നിന്ന് ആ കലകളോ പുരുഷനിൽ നിന്ന് വേറിട്ട് പരിണാമങ്ങളോ പുരുഷനിൽ നിന്ന് വേറിട്ട് ക്രിയയോ സംഭവിക്കുന്നില്ല പുരുഷനെന്ന് പറയുന്നതോ കേവലം പറഞ്ഞ അറിവാണ് അറിവിൽ നിന്ന് അല്ലെങ്കിൽ സത്തയാണ് അപ്പോൾ അവിടെ കലകൾ പ്രത്യക്ഷമായിരിക്കുന്നു അല്ലെങ്കിൽ കലകളുടെ വികാരങ്ങൾ പ്രകടമാകുന്നു കലകളുടെ പരിണാമങ്ങൾ പ്രകടമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ പ്രകടമാകുന്നത് ആ പുരുഷന്റെ സ്വരൂപമായിരിക്കുന്ന അറിവ് പുരുഷന്റെ സ്വരൂപമായിരിക്കുന്ന സത്ത അത് പ്രകടമാകുന്നു എന്നാണ് അതാണ് പരിധിഷ്ഠാവിന്റെ തഥാത്മ്യത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് പറയുന്നെന്താണ് പരിധിഷ്ഠാവിന്റെ താതാത്മ്യ ബോധത്തെക്കുറിച്ച് പറയുക പറയുന്ന അല്ലാതെ പ്രാപിക്കുക വരവ് പോക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് അതിലൊന്ന് പ്രകടമാകുക പ്രകടമാകുക എന്ന് പറഞ്ഞാൽ എന്താ പ്രകടമാകുന്നു എന്നുള്ള ബോധം അപ്പോൾ ആ പ്രാകട്യം എവിടെയാണ് സംഭവിക്കുന്നത് അറിവിലാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് അതാണ് ആ പദാർത്ഥത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ആ പ്രകടഭാവം എവിടെ സംഭവിക്കുന്നു ആ സത്തയിലാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് അതാണ് വസ്തുവിന്റെ സ്വരൂപം വസ്തുവിന് ആ സ്വരൂപത്തിന് വേർതിരിക്കാൻ സാധ്യമല്ല പുരുഷം പ്രാപ്തിയ പുരുഷാത്മഭാവം അവിടെ എന്തുകൊണ്ടങ്ങനെ പറയുന്നു പറഞ്ഞു അത് പറയുന്നിടത്തെല്ലാം പറയുന്നു അത് പുരുഷസ്വരൂപത്തെ ഉണ്ടാവുക സ്ഥിതി ചെയ്യുക നശിക്കുക എന്ന് പറഞ്ഞാൽ അത് പുരുഷ സ്വരൂപത്തെ ഉപഗമ്യ പറയും പുരുഷസ്വരൂപത്തെ പ്രാപിക്കുന്നു എന്നാണ് പുരുഷസ്വരൂപത്തെ എങ്ങനെ പ്രാപിക്കുന്നു ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ മുമ്പിൽ കാണുന്ന കലകൾ അതിലെല്ലാം ഒരു പുരുഷൻ അതിലെല്ലാം ആധാരമായിട്ടൊരു പുരുഷൻ അങ്ങനെ ഇവിടെ പുരുഷൻ സ്വയം തന്നെ എന്തായിരിക്കുന്നു അറിവായിരിക്കുന്നു അല്ലെങ്കിൽ സത്യമായിരിക്കുന്നു എന്തുകൊണ്ട് പരിധഷ്ടാവെന്ന് പറഞ്ഞു ദർശനം ചെയ്യുന്നവനാണ് ദർശിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ അറിയുന്നവനാണ് അറിയുന്നവനെന്ന് വെച്ചാൽ അറിവായിരിക്കുന്നു അങ്ങനെയുള്ള ആ പുരുഷനൽ പ്രകടമാകുന്ന ഈ കലകളെല്ലാം എന്താണ് ആത്മഭാവത്തെ പ്രാപിച്ച് എന്ന് വെച്ചാൽ പുരുഷ സ്വരൂപമാണ് എന്ന് പ്രാപിച്ചിട്ട് ഇവിടെ പ്രാപിക്കലെന്ന് പറയുന്നത് എന്താണ് അറിയിലാണ് എന്താണ് എന്തുകൊണ്ട് പുരുഷൻ സ്വയം സ്വരൂപം തന്നെ അറിവാണ് അപ്പം അറിവിനപ്പുറം ഒരു പ്രാപിക്കലവിടെയില്ല പുരുഷൻ അങ്ങോട്ട് വരുക പുരുഷനിലേക്ക് ഇതെല്ലാം വരുക പുരുഷനിൽ നിന്ന് പോകുക അത് സംഭവിക്കുന്നില്ല പുരുഷന്റെ സ്വരൂപം തന്നെ അറിവായിരിക്കുന്നുണ്ട് പ്രാപിക്കൽ എന്ന് പറഞ്ഞാൽ അറിയൽ അങ്ങനെ അറിയുമ്പോൾ എങ്ങനെ താതാത്മ്യമായി ഈ കാണുന്ന സർവവസ്തുക്കളുടെയും സ്വരൂപം പരിദിഷ്ടാവായിരിക്കുന്ന പുരുഷനാണ് എന്നറിയുമ്പോൾ പുരുഷനിൽ വേറിട്ടുള്ള കലകൾ എല്ലാം ചെയ്യുന്നു തഥൈവ അസ്തങ്കച്ചന്തി അസ്തമിക്കുന്നു എന്നറു അസ്തമിക്കുക എന്ന് പറഞ്ഞ സാധനം നമ്മൾ അസ്തമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു പോവുക എന്നാണ് അസ്തമിക്കുക എന്നത് നശിക്കുക എന്നുള്ളതല്ല സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറയുമ്പോഴും അത് നശിക്കുന്നു എന്ന് കരുതുന്നില്ല എന്തുകൊണ്ട് എങ്ങനെയാണോ അത് അസ്തമിക്കുന്നത് അതുപോലെ തന്നെ അത് ഉദയം ചെയ്യുന്നു നശിച്ചാണെങ്കിൽ അത് സാധ്യമല്ല അപ്പോൾ എന്താ ഇവിടെ അസ്തമിക്കുക എന്ന് പറയുന്നത് ദൃഷ്ടിയിൽ നിന്നും മായുക ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു പോവുക അതുപോലെ ഇവിടെ എന്താണ് അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൃഷ്ടിയിൽ നിന്നും മറയുന്നു ഏതാണ് ആ ദൃഷ്ടി ഭേദദൃഷ്ടി പുരുഷന്മേറെ പുരുഷനിൽ നിന്ന് വേറിട്ട് കലകളുണ്ട് ആ കലകൾ പരസ്പരം ഭിന്നങ്ങളാണ് ഇത്തരത്തിലുള്ള ഭേദം ആ ഭേദദൃഷ്ടിയിൽ നിന്നും സൂര്യൻ അസ്തമിക്കുന്ന പോലെ അതിനാണ് അത് ഉപയോഗിച്ച് അത് മറഞ്ഞുപോകുന്നു എന്നു വെച്ചാൽ ഭേദദൃഷ്ടി ആ താദാത്മ്യ ബോധത്തിൽ പിന്നെ എങ്ങനെ ഭേദദൃഷ്ടി ഇങ്ങനെ അവിടെ ഭേദദൃഷ്ടി നിലനിൽക്കുന്നില്ല അത് ഇല്ലാതായിത്തീരുന്നു എന്നർത്ഥം അത് ദുഷ്ടനഷ്ടം എന്ന് പറയുന്നു എങ്ങനെയാണോ മായ കൊണ്ട് ഇന്ദ്രജാലക്കാരൻ കാണിക്കുന്ന അത്ഭുത വസ്തുക്കൾ ആനയും കുതിരയും എല്ലാം എങ്ങനെയാണോ ഇന്ദ്രജാലം തന്നെ നശിക്കുമ്പോൾ ആനയും കുതിരയും എല്ലാം ദുഷ്ടനഷ്ടമായി എന്ന് വെച്ചാൽ കണ്ടു കണ്ടില്ല അത് എവിടെ വന്നു എങ്ങോട്ട് പോയി അതാരും അന്വേഷിക്കാറില്ല അന്വേഷിച്ചാലോട്ട് കണ്ടെത്താറുമില്ല എന്തുകൊണ്ട് അത് കേവലം ഇന്ദ്രജാലമാണ് എങ്ങനെയാണോ വാസ്തവത്തിലുള്ള ആനയും കുതിരയും അതുപോലെ ഒരു സത്ത അതിന് കല്പിക്കാൻ കഴിയുന്നുണ്ട് അത് എവിടെയാണോ പ്രകടമായത് അവിടെ തന്നെ അത് സ്വയം അസ്തിത്വം ഉണ്ടായതുകൊണ്ട് പ്രകടമായതല്ല അത് ഏതെങ്കിലും ഒരു സ്വതന്ത്രമായ ഒരു അസ്തിത്വത്തിലേക്ക് അത് പിന്നെയോ അത് ഇന്ദ്രജാലക്കാരൻ്റെ മായയിൽ പ്രകടമായതാണ് അതുപോലെ ഇവിടെയും ഈ നാമരൂപങ്ങൾ അസ്ഥം ഗച്ഛന്തി അത് വേറെ തരത്തിൽ പറയുന്നു ഭിദ്ധിച്ച അസാം നാരോ നാമരൂപേ പറയുന്നു ആ നാമരൂപങ്ങൾ നശിക്കുന്നുനിശ്ചിത നശിക്കുന്നു നാമരൂപങ്ങൾ നശിക്കുന്നു എന്നർത്ഥം നാമരൂപം നശിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വസ്തു നശിക്കാൻ നശിക്കുമ്പോൾ അത് നശിക്കാൻ അതിനൊരു ഇടം വേണം എന്നത് നശിക്കാൻ പറ്റത്തില്ല വിറകെ ഇരിഞ്ഞ് വസ്തുമായി തീർന്നാൽ അതിനൊരു ഇടം വേണ്ടേ ഒരു ആധാരം വേണ്ട അല്ലാതെ ഇവിടെ നശിക്കും നാശം എന്ന് പറയുന്ന ഇപ്പോഴും എന്തെങ്കിലും ഒന്നിനെ അവശേഷിപ്പിക്കും ഒന്ന് അവശേഷിപ്പിക്കാതെ നശിക്കാൻ കഴിയത്തില്ല പക്ഷേ അതെന്തുകൊണ്ട് ആ വസ്തുവിൻ്റെ സത്തയെ നമ്മൾ അനുഭവിക്കുന്നു ആ വസ്തുവിനെ സത്തായി കാണുന്നു അപ്പോൾ ആ വസ്തു നമ്മൾ പറയുന്നു ഭൂതകാര്യമാണ് ഭൗതികമാണ് അപ്പോൾ അതിൻ്റെ നാശം അവശേഷിപ്പിക്കുന്നു പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ഇന്ദ്രജാലമാണ് ഇന്ദ്രജാലത്തിലാണ് പ്രകടമായത് അപ്പോൾ ആ ഇന്ദ്രജാല ശക്തിയോട് നാശത്തോടു കൂടിയെല്ലാം നശിക്കുന്നു അവിടെ പിന്നെ ഒന്നും തന്നെ ശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്നു വിദ്യേജ് ശാസ നാമരൂപേ അതുകൊണ്ട് കലകളുടെ നാമരൂപങ്ങൾ അസ്തമിക്കുന്നു നശിക്കുന്നു അപ്പോൾ കലകളുടെ നാമരൂപങ്ങൾ നശിച്ചാൽ പിന്നെ കലകളില്ല എങ്ങനെയാണോ ഈ കലകളുടെ സ്വരൂപമായിരിക്കുന്നത് സത്ത് അറിവ് അതിൻ്റെ സ്വരൂപമായിരിക്കുന്നത് അതുപോലെ കലകളുടെ നാമരൂപങ്ങളുടെ സ്വരൂപമായിരിക്കുന്ന എന്താണ് ആ കലകൾ തന്നെയാണ് നാമരൂപങ്ങളുടെ സ്വരൂപമായിരിക്കുന്ന വസ്തു തന്നെയാണ് മുമ്പിലിരിക്കുന്ന പുസ്തകത്തിന്റെ പുസ്തകം എന്ന നാമത്തിൻ്റെയും പുസ്തകം എന്ന രൂപത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നു മുമ്പിൽ ഇരിക്കുന്ന ഈ വസ്തുവാണ് എന്തുകൊണ്ട വസ്തുവെന്ന് പറയുന്നു ആ വസ്തുവിൽ നിന്ന് ഈ നാമത്തെ രൂപത്തെ വേർതിരിക്കാൻ കഴിയുന്നില്ല ആ വസ്തുവിൽ കൽപ്പിച്ചതാണ് ഈ നാമം എന്നാണ് എനിക്ക് ആ ഇത് പുസ്തകം വേറെയാണ് ഇത് പുസ്തകത്തിൻ്റെ നാമം വേറെയാണെന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല കാരണം ആ ശബ്ദം നാമം പുസ്തകത്തിൽ സമർപ്പിതമാണ് അതിൽ നിന്ന് അതിനെ മാറ്റാൻ കഴിയില്ല ഇവർക്ക് ശബ്ദം എന്ന് പറയുന്നത് വാഗീന്ദ്രിയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒന്നാണ് ബാഹ്യമായി മേശപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് പുസ്തകം അതിൽ നിന്ന് എന്തുകൊണ്ട് ശബ്ദത്തെ വേറെ ആക്കിക്കൂടാ എന്ന് ചിന്തിക്കും അത് ചിന്തിച്ചാൽ മനസ്സിലാവും എന്താണ് അതിൽ അതിനെ വിവരത്തിരിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് അത് വാഗീന്ദ്രിയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ശബ്ദം എന്നാലും ആ ശബ്ദം സമർപ്പിതമായിരിക്കുന്നത് ബാഹ്യമായിരിക്കുന്ന ഈ വസ്തുവിലാണ് അതുകൊണ്ട് വസ്തുവിൽ നിന്ന് ശബ്ദത്തെ മാറ്റിയിട്ട് വസ്തുവിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല പുസ്തകം എന്ന് പറയുന്ന ഈ വസ്തുവിൽ നിന്ന് പുസ്തകം എന്ന് പറയുന്ന നാമത്തെ മാറ്റിയിട്ട് പുസ്തകമെന്ന് പറയുന്ന വസ്തുവിനെ ചിന്തിക്കുക എത്ര സമർത്ഥനാണെങ്കിലും അത് സാധ്യമല്ല ഈ വസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുസ്തകമെന്നുള്ള നാമത്തെ ആശ്രയിച്ചാൽ ചിന്തിക്കാൻ കഴിയൂ ഈ മുമ്പിൽ കാണുന്ന ചതുഷ്കോണ രൂപത്തിലുള്ള ഈ ആകൃതിയെ ആശ്രയിച്ച് ചിന്തിക്കാൻ പറ്റും അതുകൊണ്ട് നാമരൂപങ്ങളെ വസ്തുവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് കലകൾ എന്ന് പറയുന്ന ഈ വസ്തുക്കളുടെ സ്വരൂപമായിരിക്കുന്നു നാമരൂപങ്ങളുടെ എങ്ങനെയാണോ ആ നാമരൂപങ്ങൾ ഈ വസ്തുക്കളുടെ സ്വരൂപമായിരിക്കുന്നത് അതുപോലെ ഈ വസ്തുക്കളാകുന്ന കലകളുടെ സ്വരൂപമായിരിക്കുന്നു ആ സത്തയും ചിത്തും അല്ലെങ്കിൽ സച്ചിത്ത് ആയിരിക്കുന്ന പുരുഷൻ പരിദഷ്ടാവായിരിക്കുന്ന പുരുഷൻ ആ പുരുഷനിൽ എന്ത് ചെയ്യും വരുന്നു എങ്ങനെയാണോ ഈ കലകൾ അസ്തമിക്കുന്നത് അതുപോലെ കലകളിൽ നാമരൂപങ്ങളും അസ്തമിക്കുന്നു അതാണ് ഭിദ്ധ്യേ അസം നാമരൂപേ കലാനാ ഈ കലകളുടെ നാമരൂപങ്ങൾ നശിക്കുന്നു എന്താണ് നാമം പ്രാണാദ്ഖ്യ പ്രാണൻ തുടങ്ങിയ നാമങ്ങൾ പ്രാണൻ പൃഥിവിപ്പ് തേജസ് വായു ആകാശം തുടങ്ങിയ ആഖ്യ എന്നുവെച്ച നാമം പിന്നെ രൂപം ച യഥാസം ഓരോരോ രൂപങ്ങൾ നമ്മൾ കാണുന്നു പൃഥ്വി എന്ന് പറയുന്ന ഒരു രൂപത്തെ കാണുന്നു വായു എന്നു പറയുന്ന രൂപത്തെ കാണുന്നു ആകാശം എന്ന് പറയുന്ന രൂപത്തെ കാണുന്നു അതാത് രൂപങ്ങളും അതാത് നാമങ്ങളും അപ്രത്യക്ഷമാകുന്നു എങ്ങനെ അപ്രത്യക്ഷമാകുന്നു അതിൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധത്തിൽ എന്തുകൊണ്ട് അതിൻ്റെ സ്വരൂപം പരിദഷ്ടാവാണ് അറിവാണ് അറിവിൽ ഇത് അപ്രത്യക്ഷമാകുന്നു എന്നർത്ഥം ഭിത്യെ അസ്തമിക്കുന്നു അറിവിലാണത് അസ്തമിക്കുന്നു അല്ല ബാഹ്യമായൊരു വ്യാപാരത്തിലൂടെയല്ല അങ്ങനെ ധരിക്കാൻ പാടെല്ലാം അറിവിൽ നിന്ന് ഇതെല്ലാം ഇങ്ങനെ ഒരു ക്രിയാരൂപത്തിന് ഇതെല്ലാം പൊങ്ങി വന്നു എന്നിട്ട് ഇതെല്ലാം അറിവിലേക്ക് വിലയം പ്രാപിക്കുന്നു അതല്ല ഉദ്ദേശിക്കുന്നു അങ്ങനൊരർത്ഥമല്ല അത് കേവലം ഭാവന മാത്രമാണ് എങ്ങനെയാണ് അറിവിൽ നിന്ന് പ്രകടമായി വരുന്നു ഭാവനയാണത് അറിവിലേക്ക് വിലയും പ്രാപിക്കുന്നു അതും ഭാവനയാണ് ഇവിടെ അതല്ല ഭാവന അറിയാമല്ലോ ഭാവന എന്ന് പറയുന്നത് കർത്തൃതന്ത്രമാണ് താൻ അതിനെ കുറിച്ച് സങ്കല്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതല്ല വസ്തുതന്ത്രമായ അറിവിനെ കുറിച്ചാണ് ഒരു വസ്തുവിനെ എങ്ങനെ അറിയുന്നു അതാണ് വസ്തുതന്ത്രമായ അറിവ് ഉദാഹരണമായി പുസ്തകം എന്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ ഇതിനെ പുസ്തകമായി തന്നെ അറിയുന്നു അപ്പം അത് വസ്തുതന്ത്രമായ അറിവ് കൃഷ്ണദേവൻ ഈ പുസ്തകത്തെക്കുറിച്ച് കൽപ്പിക്കുന്നു ഇത് രാമന്റെ പുസ്തകമാണോ അത് കൃഷ്ണന്റെ പുസ്തകമാണോ ഈ പുസ്തകം എന്നാണ് ഇതുണ്ടായത് ഇതെന്നാണിത് നശിക്കുന്നത് ഭാവനകൾ അത് വസ്തുതന്ത്രമായ അറിവില്ല വസ്തുവിനെ തുടർന്ന് കൽപ്പിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് തന്റെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നതാണ് വസ്തുതന്ത്രമായ അറിവിന് മനസ്സിന്റെ സങ്കല്പത്തിന്റെ ആവശ്യമുണ്ടാകും അത് വസ്തുതന്ത്രമായ അറിവെന്ന് പറയുന്ന എന്താണ് വസ്തുവിനെ ആശ്രയിച്ച് അത് അതിന് കേവലമായ വസ്തുവിൻ്റെ സ്വരൂപമായ സ്ഥിതി മാത്രമേ അത് അപേക്ഷിക്കുന്നുള്ളൂ മറ്റൊന്നിനെ അപേക്ഷിക്കുന്നുള്ളൂ വസ്തുവിനെ കാണുന്നു ഇതായത് എന്നുള്ള ബോധം ഉള്ളൽ സ്കുരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു അറിവ് ആ എന്താണ് ഈ പദാർത്ഥങ്ങളുടെ ക്രിയകൾ ഉത്പത്തി സ്ഥിതി നാശം തുടങ്ങിയ വികാരങ്ങൾ പരിണാമങ്ങളൊന്നും അല്ല മറിച്ച് ആ വസ്തുവിൻ്റെ പരമാർത്ഥമാണ് അവിടെ പ്രകടമാകുന്നത് അറിവായി പ്രകാശ പ്രകാശിക്കുന്നു ഒരു വസ്തു ആണ് കലകളെ കുറിച്ച് വിചാരം ചെയ്യുന്ന ഒരുവൻ കലകളുടെ തത്വത്തെക്കുറിച്ച് ശ്രമിക്കുന്ന ഒരുവന് ഈ കലകളുടെ പരമാർത്ഥബോധം അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നു അതാണ് പറയുന്നതിന്റെ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വിചാരം ചെയ്യുന്ന ഒരുവന് പ്രപഞ്ച തത്വത്തെ എന്താണെന്ന് ശ്രമിക്കുകയും ബോധ്യപ്പെടാൻ ചെയ്യും ശ്രമിക്കുന്നവരുവന് അവന്റെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തിന്റെ പരമാർത്ഥ തത്വം ഇന്നതാണ് എന്നുള്ള ബോധം അവന്റെ ഉള്ളിലുണ്ടാവും അവിടെ പ്രാധാന്യം എന്തിനാണ് അവന്റെ ഉള്ളിൽ ഉദയും ചെയ്യുന്ന ആ അറിവാണ് അറിവിനാണ് പ്രാധാന്യം പ്രപഞ്ച തത്വത്തിനല്ല കാരണം എന്തുകൊണ്ട് അവൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ പ്രപഞ്ച തത്വം അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു അത് അവന്റെ അറിവിനെയോ അവന്റെ അറിവില്ലായ്മയോ അവന്റെ ഭ്രാന്തിയോ ഒന്നിനെ ആശ്രയിക്കുന്നു അതങ്ങനെ തന്നെ സ്ഥിതിചെയ്യുന്നു മറിച്ച് ഇവിടെ വിശേഷം എന്താ പറയുന്നത് ഈ നാമരൂപങ്ങളെല്ലാം നശിക്കുന്നു തത്വത്തെ ബോധിക്കുന്നു എന്നർത്ഥം പക്ഷെ അവിടെ നാശം എന്ന് പറയുന്ന ശബ്ദം നാമരൂപങ്ങൾ നശിക്കുന്നു ാശം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ഒരു വസ്തുവിന്റെ സ്വരൂപം ഇല്ലാതാകുന്നതിനാണ് നാശം എന്ന് പറയുന്നത് വരതിന്റെ സ്വരൂപമായിരുന്നു അത് നശിച്ച് വെച്ചാമ്പലായി അവർ പറയുന്നു അത് നാശമായി എന്ന് പറയുന്നു അത് നാശമാകുമ്പോൾ എന്ത് ചെയ്യുന്നു അതിന്റെ സ്വരൂപം തന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു അല്ലെങ്കിൽ തന്റെ അറിവിൽ നിന്ന് അത് അപ്രത്യക്ഷമായി പോകുന്നു പക്ഷെ അത്തരത്തിലൊന്നും ഒന്നല്ല ഇവിടെ സംഭവിക്കുന്നു ഇവിടെ നാശമെന്ന് പറയുന്നത് എന്താണോ അതിന്റെ പരമാർത്ഥം എന്താണ് എന്നുള്ള ബോധമുണ്ടാകുന്നു പക്ഷെ എന്താണോ നാമരൂപങ്ങളെ ഇതുവരെ താൻ ഗ്രഹിച്ചിരുന്നത് നാമരൂപങ്ങളെ സംബന്ധിച്ച് എങ്ങനെ ഗ്രഹിച്ചിരുന്നു ഈ നാമരൂപങ്ങളാണ് പരമാർത്ഥമെന്ന് ഗ്രഹിച്ചിരുന്നത് അതിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു നാമരൂപങ്ങളുടെ പരമാർത്ഥം എന്താണെന്ന് ഗ്രഹിക്കുന്നു അപ്പം അതുവരെ ഗ്രഹിച്ചിരുന്നെന്താണ് നാമരൂപങ്ങൾ സ്വയം നാമമായും രൂപമായും പരമാർത്ഥമാണെന്നാണ് പക്ഷേ എന്താഗ്രഹിക്കുന്നത് നാമ രൂപങ്ങൾ നാമമായോ രൂപമായോ അല്ല പരമാർത്ഥം പിന്നെയോ അത് പരിദൃഷ്ടാവായി പരമാർത്ഥമാണ് അറിവായി അത് പരമാർത്ഥമാണ് അറിവ് സത്തയാണ് സത്ത പരമാർത്ഥമാണ് അതി അന്തരഹിതമായ നിത്യസത്യമാണ് സത്ത എന്നറിയുന്നു അപ്പോൾ ആ അറിവ് ആ അറിവ് എന്താണ് മുമ്പുണ്ടായിരുന്ന നാമരൂപങ്ങൾ പരമാർത്ഥമാണെന്നുള്ള അറിവിന് പിന്നെ അവിടെ നിലയില്ല അതിനാണ് നമ്മൾ പറയുന്നത് അത് ബാധിച്ചു പോയി ഇവിടെ നാശം എന്ന് പറയുന്നത് എന്താണ് ബാധയാണ് അല്ലാതെ വസ്തുക്കളുടെ അപ്രത്യക്ഷമാകുന്നതല്ല തത്വജ്ഞാനം കൊണ്ട് വസ്തുക്കളുടെ അപ്രത്യക്ഷമാകലല്ല സംഭവിക്കുന്നത് വസ്തുക്കളുടെ അപ്രത്യക്ഷമാകണമെന്നുണ്ടെങ്കിൽ അനായാസമായി സംഭവിക്കും സുഷുക്തിയിലേക്ക് പോയാൽ മതി അല്ലെങ്കിൽ ചിത്രപൃത്തികളെയെല്ലാം നിരോധിച്ച് അങ്ങനെയാണ് ബാഹ്യമായ ചക്ഷിണേന്ദ്രിയം ശ്രവണേന്ദ്രിയം തുക ഇന്ദ്രിയം സ്പശനേന്ദ്രിയം തുടങ്ങിയ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടിയാണ് പ്രപഞ്ചം ഇങ്ങനെ പ്രതീതമായിരിക്കുന്നത് ആ ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ ഓരോന്നിനെയും നിരോധിച്ചു കഴിഞ്ഞാൽ ആ വിഷയം പിന്നെ പ്രതീതമാകുന്നില്ല അന്ധനായി കഴിഞ്ഞാൽ രൂപം അവിടെ പ്രകടമാകുന്നില്ല ചകിടനായി പിന്നെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഓരോ ഇന്ദ്രിയ ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ നിരോധിക്കുന്നതിലൂടെ നിരോധിക്കാൻ കഴിയുന്നു അതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ശക്തി കൊടുക്കുന്ന എല്ലാ ഇന്ദ്രിയങ്ങളെയും കാര്യക്ഷമമാക്കുന്ന മനസ്സിനെ നിരോധിച്ചു കഴിഞ്ഞാൽ ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഉള്ള അറിവും അവിടെ നഷ്ടമാകുന്നു അത് നാശം തന്നെയാണ് ബാധയെല്ലാം നഷ്ടമാകുന്നു എന്താണ് ബാഹ്യ ബോധം ഇല്ലാത്തവനായിത്തീരുന്നു അങ്ങനെ ബോധപൂർവം തന്നെ ആന്തരികമായ മനസ്സിൻ്റെ വൃത്തികളെ ശബ്ദസ്പർശ രൂപ വൃത്തികളെ നിരോധിച്ച് ബാഹ്യബോധം നഷ്ടപ്പെട്ടവനെയാണ് പറയുന്നത് സമാധിഷ്ഠൻ എന്ന് പറയുന്നു അതല്ല ഇവിടെ പറയുന്നത് അവിടെ എന്തു ചെയ്യുന്നു വാസ്തവത്തിൽ ബാഹ്യമായ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു നാശ സംഭവിച്ചിരിക്കുന്നു ആ ബാഹ്യബോധം നഷ്ടപ്പെടുന്നതിന് അവൻ എന്താ ചെയ്തു ആന്തരികമായിരിക്കുന്ന തന്റെ മനസ്സിനെ നിരോധിച്ചു കഴിഞ്ഞു അതിന്റെ പ്രവർത്തനത്തെ സ്തംഭിപ്പിച്ചു തിന്റെ വൃത്തികളെ പ്രവർത്തിപ്പിക്കാതെയാക്കി അത് സംഭവിക്കുമ്പോൾ വരുന്നു ആന്തരികമായി ബാഹ്യബോധം ഇല്ലാത്ത അവസ്ഥ വരുന്നു സുഷ്ടിക്ക് സമാനമായ മൂർച്ചയ്ക്ക് സമാധാനമായ ബോധം കിടുന്നതിന് സമാനമായ ഒരവസ്ഥയെ പ്രാപിക്കുന്നു അവിടെ നമുക്ക് പറയാം എന്താണോ ബാഹ്യമായ വസ്തുക്കൾ അവനെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുന്നു എനിക്ക് പറയാം ബാഹ്യമായ വസ്തുക്കൾ അവനെ സംബന്ധിച്ച് വിലയത്തെ പ്രാപിച്ചിരിക്കുന്നു എന്നെല്ലാം പ്രിയാണ് ഇവിടെ അതെല്ലാം സംഭവിക്കുന്നു ഇവിടെ അവൻ പരിധിഷ്ഠാവായിരിക്കുന്നു ആണ് പറഞ്ഞത് ആ പരിധി ഈ കലകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു അവന്റെ പരിദർശനത്തിൽ ഈ കലകൾ ആ ദാവിൽ നിന്ന് അന്യമല്ല എന്നുള്ള ബോധമുണ്ടാകും അവൻ എന്താ സംഭവിച്ചത് അതുവരെ ഈ കലകളെല്ലാം ഇതാണ് പരമാർത്ഥം എന്നുള്ള ബോധം മാറി അതിൻ്റെ സ്ഥലത്ത് പരമാർത്ഥം പരിധഷ്ടാവാണ് പരിധഷ്ഠാവിൽ പ്രകടമാകുന്നതാണ് സ്വപ്നസദൃശ്യമായി അല്ലെങ്കിൽ ഇന്ദ്രജാലം പോലെ എന്നുള്ള ബോധം ഈ കലാദി വിഷയങ്ങളെ സംബന്ധിച്ചുണ്ടാകും അപ്പം അവിടെ എന്താ സംബന്ധിച്ചിരിക്കുന്നത് മുമ്പുണ്ടായിരുന്ന സത്യത്വ ബുദ്ധി നഷ്ടപ്പെട്ട് പറയുന്ന പേരാണ് ബാധ അതാണിവിടെ വിലയം എന്ന് പറഞ്ഞാലും ഇവിടെ ഉദ്ദേശിക്കുന്ന ബാധയാണ് അല്ലാതെ തത്വജ്ഞാനിയുടെ കലകൾ ഒന്നും വിലയിച്ചു പോകുന്നു എന്നല്ല പറയുന്നത് ശരി അതെല്ലാം തത്വജ്ഞാനി ജാഗ്രത് ബോധത്തിൽ നടന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള തത്വജ്ഞാനിയുടെ ബോധം എന്താണ് പ്രപഞ്ചത്തിൻ്റെ സത്യത്വ ബുദ്ധിയെ ബാധിക്കുന്ന ബോധം അതെന്താണ് പരിദർശനം തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ബാഹ്യമായ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധമാണ് എന്താണത് നാമരൂപാത്മകമായി കാണുന്ന രൂപത്തെല്ലാം മറിച്ച് അത് സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നുള്ള ബോധമാണ് ആ ബോധത്തിലെന്താണോ ഈ പ്രപഞ്ചാനുഭവങ്ങൾക്ക് സംഭവിക്കുന്നത് അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അസ്തമയം അല്ലെങ്കിൽ ബാധ എന്ന് പറയുന്നത് ഇത് പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇനി ആ തത്വജ്ഞാനിയുടെ പ്രപഞ്ചബോധം നഷ്ടപ്പെടുന്നു ഇപ്പോൾ ഈ പ്രപഞ്ചബോധത്തിന് കാരണമായിരിക്കുന്ന മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം തുടങ്ങിയ വസ്തുക്കളുടെ നാശം കൊണ്ട് അതും നാശം സംഭവിക്കാമല്ലോ കാരണം താൻ സ്വയം തത്വജ്ഞനായിരിക്കും ഇവിടെ തത്വജ്ഞാനി എന്ന് പറയുമ്പോൾ തന്നെ അന്യമായിരിക്കുന്ന ഒരുവന്റെ തത്വത്തെയും തത്വത്തിന്റെ ജ്ഞാനത്തെയും പരിശോധിക്കുന്നതല്ല മറിച്ച് ഏതൊരുവനാണോ വിചാരം ചെയ്യുന്നത് ഏതൊരുവനാണോ തത്വ ശ്രവണം ചെയ്യുന്നത് അവന്റെ ഉള്ളിലുണ്ടാകുന്ന തത്വജ്ഞാനത്തെയും അതിൻ്റെ വിശേഷതകളെയും കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരുവനാരാണോ ഈ സ്വയം തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ സ്ഥിതി അങ്ങനെ സ്ഥിതി ചെയ്യുന്ന അവൻ്റെ ഇന്ദ്രിയങ്ങൾക്കും മറ്റൊന്നാശം സംഭവിക്കുന്നു ാണ് ബാല്യം യൗവനം വാർദ്ധക്യം തുടങ്ങിയ ഭാവ വികാരങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ അതിനെല്ലാം ഉത്പത്തിസ്ഥിതികളുള്ളതുപോലെ തന്നെ ഉത്പത്തിസ്ഥിതികളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നാശത്തെ അംഗീകരിക്കേണ്ടി അങ്ങനെ ഒരു നാശം സംഭവിക്കുമ്പോൾ എന്താണ് അതിനെയും പറയാം അതും വിലയമാണ് എന്നു പറയും അതിന് പിന്നീട് വിലയിക്കാൻ മറ്റൊരു സ്ഥലമില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിലയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും പ്രകടമാകും ഇവിടെ എന്താണ് ഇതിൻ്റെ നിസ്സാരത്തെയും ബോധിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പരമാർത്ഥത്തയെ ബോധിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇവയ്ക്ക് വിലയിക്കുന്നതിന് പരമാർത്ഥമല്ലാതെ മറ്റൊന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ അവസാനം സംഭവിക്കുന്നു അതിനെപ്പറയുന്നു ശരീരപാദം എന്ന് പറയുന്നു അപ്പോൾ അവന് അതിനെയും അവന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണോ തൻ്റെ ശരീരത്തിന് ഉത്പത്തി എന്ന് പറയുന്നൊരവസ്ഥ വന്നത് മാതൃഗർഭത്തിൽ നിന്നും പിന്നീട് എങ്ങനെയാണോ സ്ഥിതി വന്നത് ഇപ്പോഴത്തെ സ്ഥിതി അതുപോലെ ഈ ശരീരത്തിന് ഒരു നാശവും സംഭവിച്ചു തന്നെ അപ്പോൾ അത് ആ തത്വജ്ഞാനികയുടെ ദൃഷ്ടിയിൽ സംഭവിക്കുന്ന ആ നാശം അതിനെയും പറയാം അസ്തങ്കച്ചതി എന്ന് പറയാം പക്ഷേ ഇവിടെ മുഖ്യമായി പറയുന്ന അതല്ല മുഖ്യമായി പറയുന്നത് ആ തത്വജ്ഞാനത്തിൽ ഈ പ്രപഞ്ചത്തിന് നാമരൂപങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അത് ഇവിടെ പറയുന്നു വിദ്യേതേച്ചാസാം നാമരൂപേ കലാനാമ പ്രാണാദ്ഖ്യ രൂപം ഭേദേച്ച നാമരൂപയോഹോ പറയുന്നു അത് നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നാമരൂപങ്ങൾ ഇത് രണ്ടേ നഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നു അത് പരമാർത്ഥമല്ലാത്തതാണ് എന്താണ് നഷ്ടം എന്ന് പറയുന്നത് അതിന്റെ ബാധ എന്താണ് ബാധ എന്ന് പറയുന്നത് ഈ നാമരൂപങ്ങൾ ഇന്നുവരെ പരമാർത്ഥമായി ബോധിച്ചിരുന്ന ഈ നാമരൂപങ്ങൾ അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുക മനസ്സെന്താണ് ആ നാമരൂപങ്ങളിൽ ഉള്ള പരമാർത്ഥത്തെ ബോധിക്കുക ആ നാമരൂപത്തിലുള്ള പരമാർത്ഥം എന്താണ് പരിദഷ്ഠാവ് അതാണ് പരമാർത്ഥം ആ പരിധഷ്ഠാവാണ് ഈ നാമരൂപങ്ങൾ എന്ന് ആ പരിധാവിനിൽ നിന്ന് ഈ നാമരൂപങ്ങളെ അന്യമാക്കാൻ അസാധ്യമാണ് എന്ന് ബോധിക്കുക അങ്ങനെ ബോധിക്കുമ്പോൾ അതാണ് നാമരൂപങ്ങളുടെ നാശം അപ്പോ അത് അങ്ങനെ ഒരു നാമരൂപങ്ങളുടെ ആ നാശം അവിടെ ഒരു പരിധിഷ്ഠാവിന് കല്പിക്കുകയല്ല എന്താണത് പരമാർത്ഥമാണ് എന്തുകൊണ്ട് ഏത് അന്നഷ്ടം തത്വം പുരുഷ ആ നാമരൂപങ്ങളുടെ അസത്വത്തെ ബോധിപ്പിക്കുമ്പോൾ ബോധിക്കുമ്പോൾ അവിടെ നശിക്കാതെ എന്താണ് അനഷ്ടമായി എന്നാ ബാധ സംഭവിക്കാത്തതായി എന്ത് നിൽക്കുന്നു തത്വം പുരുഷ അവശേഷിക്കുന്ന തത്വം ആ തത്വത്തിന് അവൻ പരിദഷ്ടാവതുകൊണ്ട് അവൻ ഒരു പേര് പറഞ്ഞിരിക്കുന്നു പുരുഷ എന്ന് പറഞ്ഞു ഏറ്റവും പുറച്ചിത് ബ്രഹ്മവിദ്യ തത്വത്തെ അറിയുന്നവർ ബാധിക്കാത്ത വസ്തുവിന് പുരുഷൻ എന്ന് പറയുന്നു ഏതിനാണോ ബാധ സംഭവിക്കുന്ന അതിന് നാമരൂപങ്ങൾ എന്ന് പറയുന്നു ഏതെന്തിൻ്റെയാണോ തത്വം ഇതുവരെ അറിഞ്ഞിരുന്നത് പരമാർത്ഥമായി പക്ഷെ ഇപ്പോൾ അറിയുന്നു എന്താണത് പരമാർത്ഥമല്ല എന്നറിഞ്ഞു അത് നാമരൂപങ്ങൾ ബ്രഹ്മവിത്തുക്കൾ അതിന്റെ തത്വത്തെ അറിയുന്നു അത് നാശമില്ലാത്തതായി അറിഞ്ഞു ഗുരുണാ പ്രദർശിത കലാപ്രളയമാർഗ വിദ്യയാ പ്രവിതാപിതുന്നു ഇതറിയുന്നവൻ ഏതൊരുവനാണോ അറിയുന്നവൻ അപ്പോൾ ഇവിടെ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ അദ്വൈതത്തിൽ ബ്രഹ്മജ്ഞാനി വിദ്വാൻ ോധമുള്ളവൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും ഏതെങ്കിലും ഒരു ബ്രഹ്മജ്ഞാനിയുടെ കഥ പറയുന്നതല്ല നമ്മൾ ബ്രഹ്മജ്ഞാനികളെ കുറിച്ചുള്ള കഥകൾ പറയുന്നതെന്താണ് നമ്മുടെ ഭാവന ഭാവനയിൽ ഒരു ബ്രഹ്മജ്ഞാനിയെ കണ്ടിട്ട് പറയുകയാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഒരിക്കലും ബ്രഹ്മജ്ഞാനിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ആശങ്കകളൊന്നും നമ്മുടെ മനസ്സിൽ നിന്നും മാറുന്നില്ല കാരണം ഇല്ലാത്ത ഒരു വസ്തുവിനെക്കുറിച്ചാണ് നമ്മൾ സങ്കല്പിക്കുന്ന ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനിയില്ല അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്ന ഒരാൾ നിലനിൽക്കുന്നില്ല അങ്ങനെ ഒരുന്ന് പറയുന്നത് തന്റെ സങ്കല്പത്തിൽ മാത്രമുള്ളതാണ് അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനി അപ്പം തന്റെ സങ്കല്പത്തിലുള്ള ഒന്നിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്റെ ഭാവനയിലുള്ള ഒന്നിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ആകാശകുസുമെക്കുറിച്ച് സുഗന്ധത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനിടെ അവസാനം അതിന് അവസാനം ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇവിടെ എന്താ പറയുന്നത് വിദ്വാൻ വിദ്വാൻ എന്ന് പറയുന്ന ആരാണ് ആരാണ് ആരിലാണോ വിദ്യ ഉള്ളത് ആരിലാണോ അറിവ് ആരിലാണോ അറിവുണ്ടാകുന്നത് ആരാണോ ഇതിനെ ബോധിക്കുന്നത് ശ്രോതാവ് അപ്പം ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ഈ ശ്രവണത്തിലൂടെ ശ്രോതാവിൽ ഉണ്ടാകുന്ന ജ്ഞാനം ആരാണ് ശ്രോതാവായിരിക്കുന്നത് ആ ശ്രവിക്കുന്നവനായ താൻ തന്നെയാണ് അവിടെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ആരുടെയാണ് തന്നിലുണ്ടാകുന്ന ജ്ഞാനത്തെക്കുറിച്ചാണ് അല്ലാതെ അന്യമായ ഒരു ബ്രഹ്മജ്ഞാനിയെ കുറിച്ചല്ല കാരണം അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആദ്യം തന്നെ അവിടെ എന്തുവേണം ഭേദജ്ഞാനം പറഞ്ഞു ഞാൻ എന്നിൽ നിന്ന് അന്യമായ ഒരു ബ്രഹ്മം ആ ബ്രഹ്മത്തെ അറിയുന്ന ബ്രഹ്മജ്ഞാനി അപ്പൊ എന്നിൽ നിന്ന് അന്യമായ ഒരു ബ്രഹ്മജ്ഞാനി ഇവിടെ അടിസ്ഥാനപരമായി തന്നെ തകരാറ് സംഭവിച്ചിരിക്കുന്നു ഇവിടെ എന്താണ് ഗ്രഹിക്കേണ്ടത് തന്നിൽ നിന്ന് അന്യമായൊരു ബ്രഹ്മമോ തന്നിൽ നിന്ന് അന്യമായൊരു ബ്രഹ്മജ്ഞാനമോ ഇല്ല പിന്നെന്താണ് തന്റെ തന്നെ ഉള്ളിൽ പ്രകാശിക്കുന്നതാണ് ഈ അറിവ് എന്തുകൊണ്ട് താനാണ് ഇവിടെ ശ്രോതാവായിരിക്കുന്നത് അപ്പോൾ തൻ്റെ തന്നെ അറിവ് ആ താൻ എന്ന് പറയുന്ന എന്താണ് തുച്ഛമായ ക്ഷുദ്രമായ അഹന്തയെ ആശ്രയിച്ചുകൊണ്ടുള്ള വ്യവഹാരമല്ല മറിച്ച് എങ്ങനെയാണ് സർവാത്മാവായിരിക്കുന്ന താൻ എന്നറിയുന്നു തന്നെ ശരീരപരിച്ഛിന്നനായി മനസ്സ് ബുദ്ധി തുടങ്ങിയ ഉപാധികളെ ആശ്രയിച്ചിരിക്കുന്ന താനല്ല അവിടെയും താനെന്ന് തന്നെ പറയുന്ന എന്തുകൊണ്ട് തനിക്ക് അങ്ങനെ ഒരു ഭാവം ഉണ്ടാണ് സർവാത്മാവായിരിക്കുന്ന സർവ്വസ്വരൂപമായിരിക്കുന്ന താൻ അപ്പം തന്റെ ഉള്ളിൽ തന്നെ സംബന്ധിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഉള്ള അറിവാണ് അതെങ്ങനെയുണ്ടായി തൻ്റെ തന്നെ ശ്രവണത്തിലൂടെ മനനത്തിലൂടെ തന്നിൽ സ്ഥിതി ചെയ്യുന്ന അറിവാണ് ആ ജ്ഞാനം ആ ജ്ഞാനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വിദ്വാൻ അറിയുന്നവൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള വിദ്വാൻ എന്താണ് അത് വ്യക്തമായി പറയുന്നു മറ്റൊരു ബ്രഹ്മജ്ഞാനിയെ കുറിച്ചല്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു ഗുരുനാ പ്രദർശിത കലാപ്രളയ മാർഗ അവിടെ ഗുരു പ്രദർശിപ്പിച്ച ബോധത്തോടു കൂടിയവൻ ഗുരു പ്രദർശിപ്പിച്ച ബോധത്തോടുകൂടിയവൻ ആരാണ് ശിഷ്യനാണ് ആരാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത് ശിഷ്യനാണ് ബ്രഹ്മജ്ഞാനി ആരുടെ ഉള്ളിലാണോ ഗുരുവന് ബോധത്തെ ഉണ്ടാക്കാൻ കഴിയുന്നത് അവനാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത് അല്ലാതെ ഒരു ബ്രഹ്മജ്ഞാനിയുടെ ചരിത്രം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന ബോധം ഗുരുവന്റെ ഉള്ളിൽ ഉണ്ടാകത്തില്ല ആദ്യം തന്റെ മനസ്സിൽ നിന്ന് തിരസ്കരിക്കേണ്ടത് ബ്രഹ്മജ്ഞാനി എന്നുള്ള സങ്കല്പത്തെയാണ് എന്തുകൊണ്ട് ഇവിടെ ആ ജ്ഞാനത്തെ തൻ്റെ തന്നെ എന്താണ് ഇവിടെ പരിധിഷ്ഠ വായിരുന്ന ആ പുരുഷന്റെ ജ്ഞാനമായി തന്നെ തിരിച്ചറിയണം അതൊരു തിരിച്ചറിവാണ് ആ ബോധം തന്നിൽ വരണം തന്നിലാണ് ആ ബോധം പ്രകാശിക്കുന്നത് എന്തുകൊണ്ടാണ് തൻ്റെ മുമ്പിലാണ് ഗുരുവുള്ളത് തൻറെ മുമ്പിലാണ് ഉപദേശമുള്ളത് ഗുരുന ഗുരുവിനാൽ പ്രദർശിതമായ കലാപ്രളയമാർഗ ഈ കലകളുടെ പ്രളയത്തിൻ്റെ വഴിയെ അറിഞ്ഞിരിക്കുന്നവൻ അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് ആചാര്യം നമ്മൾക്ക് വിശദീകരിച്ചു തരുന്ന അതാണ് കലാപ്രളയ മാർഗം ഈ കലകളുടെ പ്രളയത്തിൻ്റെ വഴി എന്താണ് കലകളുടെ പ്രളയത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഇവിടെ അദ്വൈതി കലകളുടെ പ്രളയത്തിൻ്റെ വഴിയായി ഒന്നിനും മാത്രമേ സ്വീകരിക്കുന്നു എന്താണ് തത്വജ്ഞാനം അതിനടുത്ത് പറയുന്നത് സഹേഷ വിദ്യയാ വിദ്യ അതാണ് വിദ്യ എന്ന് വെച്ചാൽ അറിവ് എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും എന്തരത്തിലുള്ള ഉപാസനകളോ മറ്റേതെങ്കിലും എന്തരത്തിലുള്ള അഭ്യാസങ്ങളോ ഒന്നുമല്ല വിദ്യ ഇവിടെ തൻ്റെ തന്നെ ഉള്ളിലുള്ള വിദ്യ ആ വിദ്യക്ക് നിമിത്തമായതെന്താണ് ആ വിദ്യക്ക് നിമിത്തമായിരിക്കുന്ന ഗുരു ശാസ്ത്രം ഉപദേശം അല്ലെങ്കിൽ ഗുരുവിൻ്റെ വാക്ക് അത് നിമിത്തമായിരിക്കുന്നു അപ്പോൾ അവ വിദ്യ തന്നിൽ പ്രകാശിക്കുന്നു തന്നിൽ പ്രകാശിക്കുമ്പോൾ ആ ബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം എല്ലാം എവിടെ സംഭവിക്കുന്നു തന്നിൽ സംഭവിക്കുന്നു ഗുരുവിൽ സംഭവിക്കുന്നു ഗുരുവിന്റെ ഉള്ളിലുള്ള ആ ജ്ഞാനം എന്ന് സങ്കല്പിക്കുമ്പോൾ തന്നെ എന്തുവരുന്നു താനും ഗുരുവും തമ്മിലുള്ള ഭേദം വരുന്നു ആ ജ്ഞാനം എങ്ങനെ തനിക്ക് അപരോക്ഷമാവും ആദ്യം തന്റെ ഉള്ളിൽ വരുന്നു ഭേദദൃഷ്ടിയാണ് ഇവിടെ പറയുന്നത് അതല്ല ആ ഭേദ ദൃഷ്ടിയുടെ ബാധയെക്കുറിച്ചാണ് ആ ഭേദദൃഷ്ടിയുടെ ബാധ ഇവിടെ സംഭവിക്കേണ്ടത് തന്നിൽ എന്തുകൊണ്ട് തന്നിലാണ് ആ ബോധം സ്ഫരിക്കേണ്ടത് അപ്പോൾ അതിന് നിമിത്തമായിരിക്കുന്നു ആ നിമിത്തമായി ആ ബോധം സ്ഫരിക്കുമ്പോഴോ ആ ബോധം തന്നെ ഒരു ശാസ്ത്രം തുടങ്ങിയ ഭേദത്തെ നിരാകരിക്കുന്നു ഗുരുവിനെ നിരാകരിക്കുകയല്ല ശാസ്ത്രത്തെ നിരാകരിക്കുകയല്ല മറിച്ച് ഗുരു ശാസ്ത്രം എന്നുള്ള ഭേദത്തെ നിരാകരിക്കുന്നു എന്തുകൊണ്ട് ഗുരുവിനെ നിരാകരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ശാസ്ത്രത്തെ നിരാകരിക്കാൻ കഴിയുന്നില്ല കാരണം ഒന്നും തന്നെ ഈ പരമാർത്ഥമായ തത്വത്തിൽ നിന്ന് അന്യമല്ല അന്യമല്ലാത്തതിനെ നിരാകരിക്കാൻ കഴിയില്ല അന്യമായിരിക്കുന്നതിനെ നിരാകരിക്കാൻ കഴിയത്തുന്നു അപ്പോൾ എന്തിനെ നിരാകരിക്കുന്നു അന്യത്വബോധത്തെ ഉണ്ടാക്കിത്തരുന്ന ഈ ഭേദത്തെ ആ ഭേദത്തെ നിരാകരിച്ചുകൊണ്ട് ഏതൊരു എൻ്റെ ഉള്ളിലാണോ യേശ ഏതൊരുവനാണോ ആരാണോ മുമ്പ് പറഞ്ഞ പരിധി എന്ന് ശ്രുതി പറഞ്ഞതായ പരിധിഷ്ഠാവ് ആ പരിധിഷ്ഠാവിന്റെ ഉള്ളിൽ വിദ്യയാതാ സു വിദ്യ കൊണ്ടെന്ത് ചെയ്യുന്നു എല്ലാത്തിനെയും പ്രവിലാപന സംഭവിച്ചു അപ്പൊ അവിടെ പറഞ്ഞ അതൊരു ലയമല്ല എന്തുകൊണ്ട് അറിവിന് ഒന്നിനെ ലയിപ്പിക്കാൻ കഴിയത്തില്ല പാലില് പഞ്ചസാരയെ ലയിപ്പിക്കുന്നതുപോലെ പ്രപഞ്ചത്തെ ലയിപ്പിക്കാനുള്ള ശേഷി അറിവിനില്ല എന്തുകൊണ്ട് അറിവെന്ന് പറയുന്നത് വസ്തുതന്ത്രമാണ് അത് അകാരകമാണ് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനെല്ലാം ഈ സന്ദർഭത്തിൽ ഓർക്കണം ഓർത്താൻ മാത്രം മതി അകാരകമായിരിക്കുന്ന അറിവിന് ഒന്നിനെ ലയിപ്പിക്കാൻ കഴിയത്തില്ല പക്ഷെ അറിവിന് ചെയ്യാൻ കഴിയും എന്താണ് എങ്ങനെയാണോ വെളിച്ചത്തിൽ ഇതിലപ്രത്യക്ഷമാകുന്നത് അതുപോലെ അറിവിനെന്താണ് ഇതിനുള്ള സത്യത്വ ബുദ്ധിയെ അപ്രത്യക്ഷമാക്കാൻ കഴിയും ഇത് പരമാർത്ഥമല്ല എന്നുള്ള ബോധം അതാണ് അറിവ് അറിവ് എന്റെ സ്വരൂപം തന്നെ അറിവാണ് എന്താ ആ പരമാർത്ഥബോധമാണ് അങ്ങനെ ഈ ബാഹ്യമായിരിക്കുന്ന നാമരൂപാത്മകമായിരിക്കുന്ന ഏതെന്തിനാണോ അവന് സത്യത്വബുദ്ധി ഉണ്ടായിരുന്നത് സത്യമാണെന്ന് ധരിച്ചിരുന്നത് ആ സത്യത്വ ബുദ്ധിയുടെ സ്ഥാനത്ത് അത് പരമാർത്ഥമല്ല എന്നുള്ള ബോധമുണ്ടാകുന്നു അത് ഒന്നിനെയും പരമാർത്ഥം അല്ലാതാക്കുന്നില്ല അത് എന്താണ് ഒന്നിന്റെ സ്ഥാനത്തും മറ്റൊന്നും വരുന്നു എന്നുള്ളതേയുള്ളൂ ഇരുളിൻ്റെ സ്ഥാനത്ത് വെളിച്ചം വരുന്നു അറിവില്ലായ്മയുടെ സ്ഥാനത്ത് അറിവ് വരുന്നു അല്ലാതെ അറിവ് വന്നിട്ട് ഇരളിനെ നീക്കം ചെയ്യുന്നില്ല അതിൻ്റെ ആവശ്യം എന്തുകൊണ്ട് ഇരുളന്ന് പറയുന്ന വസ്തുവാണ് അതൊരു വസ്തുവല്ല നീക്കം ചെയ്യുന്നതിന് വേണ്ടി പാത്രം കൊണ്ട് കോരി മാറ്റുന്ന ജലം പോലെയുള്ള ഒരു വസ്തുണ്ടായിരുന്നു പിന്നെയോ അത് അതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന് വരുന്നു എന്നർത്ഥം എന്തുകൊണ്ട് അങ്ങനെ വരാൻ കഴിയുന്നു കാരണം അത് അവസ്ഥ ആയതുകൊണ്ട് വെളിച്ചം വരുന്നു അവിടെ ഇരട്ട് അപ്രത്യക്ഷമാകുന്നു അതുപോലെ സത്യത്വ ബുദ്ധി വരുന്നു അവിടെ മിഥ്യാത്വ ബുദ്ധി നിലനിൽക്കുന്നതിന് അപ്രത്യക്ഷമാകുന്നു അതാണ് പ്രവിലാവിതാസു അവിദ്യ കാമ കർമ്മ ജനിതാസു അപ്പോൾ പറയുന്നു ഈ അവിടെ മൂലകാരണമായിരിക്കുന്ന ഇരളാണ് ആ ഇരള് അവിടെ അപ്രത്യക്ഷമാകും ഇവിടെ മൂല കാരണമായിരിക്കുന്ന എന്താണ് അവിദ്യ ആണോ അവിദ്യയെ ആശ്രയിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞു അത് കഴിഞ്ഞ ദിവസം നമ്മൾ അത് വിശദമായി ചർച്ച ചെയ്യും ബ്രഹ്മത്തിൽ അവിദ്യ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു ബ്രഹ്മത്തിൽ അവിദ്യ കൊണ്ട് ആണ് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശ്വരൻ ഇതിനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതുമായിട്ടുള്ള വൈരുദ്ധ്യം അവിടെ സംഭവിക്കും ഈശ്വരൻ തന്നെ മായാവശക്തി കൊണ്ട് ഇതിനെയൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു ബ്രഹ്മത്തിൽ അവിദ്യ കൊണ്ട് സംഭവിച്ചു എന്ന് പറയുന്നു അവിദ്യ എന്ന് പറയുന്നത് നമ്മുടെ അത് ഒരു സാധനമാണ് അത് ബ്രഹ്മത്തിൻ്റെയും കയ്യിലിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്താവും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനുള്ള സമാധാനം പറഞ്ഞു കഴിഞ്ഞു രണ്ടു ദിവസം മുമ്പ് അപ്പോൾ അതെല്ലാം മനസ്സിൽ വേണം ഇതിനെ മനസ്സിലാക്കാൻ എന്താണ് പ്രബുല അവിദ്യ കാമ അവിദ്യ കാമ കൊണ്ട് പ്രകടമാകുന്നതാണെന്ത് ഈ കലകൾ ആ കലകളെല്ലാം എന്ത് ചെയ്യുന്നു ബാധിതമാകുന്നു പ്രാണാദികലാസു പ്രാണാദികലകളെല്ലാം എന്തുവരുന്നു ഈ പുരുഷൻ പരിധിഷ്ഠാവ് എങ്ങനെയായിത്തീരുന്നു അ കലഹ കലാശൂന്യനായിത്തീരുന്നു എന്നുവെച്ചാൽ പ്രപഞ്ചശൂന്യനായിത്തീരുന്നു സംസാരരഹിതനായിത്തീരുന്നു അതുകൊണ്ടോ പ്രാണാദികലാസു അകലോ അവിദ്യാകൃത കലാ നിമിത്തവും ഹി മൃത്യുഹു അതാണ് സംസാരം എന്ന് പറയുന്നത് മൃത്യു എന്നു സംസാരം എന്നു പറയാം ഇതെല്ലാം എന്താണ് അവിദ്യ കാമകർമ്മ നിമിത്തമായി സംഭവിക്കുന്നതാണ് ജനന മരണങ്ങൾ ഇതെല്ലാം ബന്ധമോക്ഷങ്ങൾ എല്ലാം ബന്ധത്തിനും മോക്ഷത്തിനും തമ്മിൽ യാതൊരു വ്യത്യാസവും രണ്ടിനെ ഒരേ കോടിയില്ലപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് എപ്പോഴും ചേർത്ത് പറയുന്ന ബന്ധമോക്ഷങ്ങൾ അത്തരം സങ്കല്പങ്ങൾ അത്തരം ഭാവനകൾ അത്തരം മിഥ്യാധാരണകൾ ഇതെല്ലാം എന്തുവരുന്നു അത് തന്നെ മിഥ്യാധാരണയാണെങ്കിൽ ബാക്കി നമ്മൾ കൊണ്ടുനടക്കുന്ന എല്ലാം എത്ര ഇരട്ടി മിഥ്യാധാരണകളായിരിക്കണം ബന്ധം പോലെ ഒരു മിഥ്യാധാരണയാണ് മോക്ഷമെന്ന് ഇവിടെ പറയുകയാണെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ധാരണകൾ നമ്മൾ എന്തെല്ലാം ധാരണകൾ കൊണ്ടുനടക്കുന്നു എന്തെല്ലാം ഭാവനകളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാ ഏതൊരുവനാണോ ആ പരമാർത്ഥ തത്വ ബോധത്തിൽ അല്ലാതെ പരിദഷ്ടാവായി അല്ലാതെ ഇവിടെ നിലനിൽക്കുന്നത് അവനെല്ലാം എന്താണ് ഈ അന്ധമായ ഭാവനകളിലാണ് ജീവിക്കുന്നത് തന്നെ സംബന്ധിച്ചും ഈ ലോകത്തെ സംബന്ധിച്ചും തന്റെ ചുറ്റുപാടും കാണുന്നവയെ സംബന്ധിച്ചും കേവലം ഭാവനകളിലാണ് പരമാർത്ഥമായി ലേശം പോലും ബന്ധമില്ലാത്ത ഭാവനയിലാണ് അവനിങ്ങനെ ഈ സംസാരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിന്നും ആധ്യാത്മികമൊന്നും ഭൗതികമൊന്നും ഒന്നും പറഞ്ഞ് വേർതിരിക്കാൻ കഴിയത്തില്ല അധ്യാത്മികം എന്ന് പറയുന്നതും ഇത് ഒട്ടുമുക്കാലും എന്താണ് ഇത്തരം ഭാവനകളാണ് ഇവിടെ അതല്ല പറയുന്നു ഇവിടെ വസ്തുനിഷ്ഠമായ അകാരകമായ അറിവിനെ കുറിച്ചാണ് ബോധിപ്പിക്കുന്നത് ആ അറിവിൽ പറയുന്നു എന്താണ് മൃത്യു ഈ സംസാരം തത് അപകമേ അവസാനിക്കുന്നു അവനെ സംബന്ധിച്ചു സംസാരം അപഗമിച്ചു തത്വത്തിന്റെ അപഗമം കൊണ്ട് തത്വ ഭിന്നമായിരിക്കുന്ന സംസാരത്തിന്റെ അപഗമം സംഭവിക്കുന്ന അതുകൊണ്ട് അകലത്വ അവനെ സംബന്ധിച്ച് പറയാൻ എന്താണ് അവൻ അകലനാണ് പ്രപഞ്ചശൂന്യനാണ് സംസാരശൂന്യനാണ് അമൃതോഭോധിയാണ് അവിടെയാണ് അമൃതത്വം അതുവരെ അമൃതത്വത്തിൽ എത്തിച്ചേരുന്നത് ഈ ഭാവനകളിൽ നിന്ന് അവൻ മുക്തനാകുന്നിടത്താണ് അമൃതത്വം അതിനുള്ള ലളിതമായ വഴിയാണ് ഇവിടെ പറയുന്ന ആ പരിധിഷ്ഠാവായി തന്റെ സ്വരൂപത്തെ ബോധിക്കുക പ്രപഞ്ചത്തിന്റെ പരമാർത്ഥ തത്വം എന്താണത് ബോധിക്കുക ഇതിന്റെ താല്പര്യത്തെ അവിടെ കണ്ടെത്തണം ഇതാണ് ഈ മന്ത്രത്തിന്റെ താൽപ്പര്യം അടുത്തു പറയുന്നു അത് കലാഹിൻ പ്രതിഷ്ഠിത േദ്യംപുരുഷം വേദയഥാ വോ മൃത്യു പരിവ്യയി താൻഹോവാച എതേ അഹം എത പരം ബ്രഹ്മേദപരമസ്ക്രിവാഹ രഥക്രങ്ങളുടെ പരിവാരങ്ങളെന്ന് വെച്ചാൽ രഥചക്രങ്ങളുടെ രഥചക്രത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആരക്കാലുകളുടെ കൂട്ടം അതൊന്നല്ല ആ രഥ ചക്രത്തിന്റെ ആ ചക്രത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാന് നാഭി എന്ന് പറയും എവിടെയാണോ അച്ഛ കണ്ടുപിടിപ്പിക്കുന്നത് അവിടേക്കെന്താണ് ആ രഥത്തിൻ ചക്രത്തിന്റെ പരിധികളിൽ നിന്ന് ധാരാളം ൾ അവിടെ ബന്ധിച്ചിരിക്കുന്നു അവിടേക്ക് കൊരുത്തിരിക്കുകയാണ് അതിന്റെ ബലത്തിനു വേണ്ടിയിട്ട് ആ നാരക്കാലുകളു പറയുന്നു ഇവ രഥനാഭു രഥചക്രസി നാഭു രഥചക്രത്തിന്റെ ആ നാഭിയിൽ യഥാപ്രവേശിതാഹ അങ്ങോട്ട് കടന്നിരിക്കുന്നു തഥാശ്രയാഹ ഭവന്തി യഥാ തഥ എല്ലാം അതിനെ ആശ്രയിച്ചിരിക്കുന്നു രഥത്തിന് ഒരു ഒരു ചുറ്റുവട്ടം ആ ചക്രത്തിന് ഒരു പരിധി നടുക്കൊരു നാഫി അതിലേക്ക് ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് വളരെയധികം എന്താണ് ആ ആരക്കാലുകൾ ചക്രം കാണുമ്പോൾ നമുക്കറിയാം സൈക്കിളിനും മറ്റും കാണുന്നു സൈക്കിളിൻ്റെ വീല് പോലെ ഒരുപാട് കമ്പികൾ അതിൻ്റെ നടുക്ക് പോകുന്നു എല്ലാം എന്താണ് പുറമെയുള്ള ടയറുകൾ അതുപോലെ യഥാ തഥാ അതുപോലെ ഇവിടെ എന്താ സംഭവിക്കുന്നത് കല പ്രാണാദ്യഹ പ്രാണാദി കലകളെല്ലാം യെസ് പുരുഷ പ്രതിഷ്ഠിതാഹ ഇതെല്ലാം ആ പുരുഷൻ ആ നാഭിസ്ഥാനത്തുള്ള കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന ആ പുരുഷന് പ്രതിഷ്ഠിതമായിരിക്കുന്നു എങ്ങനെ ഉത്പത്തിസ്ഥിതി കാലേഷു ഉപത്തിസ്ഥിതി പ്രളയകാലങ്ങളിൽ ഇതും ഇനി വിശദീകരിച്ചാൽ ഇനിയും വേണ്ടിവരും സമയം കൊണ്ട് വിശദീകരിക്കുന്നില്ല തം പുരുഷം കലാനാം ആത്മഭൂതം ആ കലകളുടെയെല്ലാം സ്വരൂപമായിരിക്കുന്ന പുരുഷൻ അതാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത സ്ഥലങ്ങളുടെ എല്ലാം സ്വരൂപമായിരുന്ന പുരുഷനെ വേദ്യം വേദനീയം അതാണ് അറിയേണ്ടത് ബാക്കിയൊന്നും ഇവിടെ അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ബാക്കി ഇവിടെ ഉള്ളതെല്ലാം എന്താണ് നമ്മളറിയാൻ ശ്രമിക്കുന്ന നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം വെറും ആകാശ കോടാലിയാണ് അങ്ങനെ ഒരു കോടാലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ആകാശ കോടാലി അതാണ് ബാക്കി അറിയുന്നതല്ല അറിയേണ്ടതെന്താണ് പൂർണത്വ പുരുഷൻ പുരിസേന പൂർണനായിരിക്കുന്ന ഈ പുരുഷനെയാണ് പുരുഷനെന്ന് പറയുന്നത് കൊണ്ട് പൂർണ്ണനായതുകൊണ്ട് പറയാം പുരുഷനല്ലെങ്കിൽ ഈ പുരിശയന ഈ കലകൾ ചേർന്നിരിക്കുന്ന ഈ പുരിയിൽ സഹിക്കുന്നത് കൊണ്ട് വേദ വിജ്ഞാനിയ ഇവിടെ ഒരു ശിഷ്യന്മാരോട് ഉദ്ദേശിക്കുകയാണ് വിപ്ലാത ഋഷി പറയാണ് നിങ്ങൾ ഈ പുരുഷനെ അറിയുക ഇവിടെ വന്നിട്ട് പല ചോദ്യങ്ങളും ചോദിച്ചു അനാവശ്യമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എനിക്ക് ഉപദേശിച്ചു തരാനുള്ള ഇതാണ് മുഖ്യമായിട്ട് എന്താണ് ഈ പുരുഷനെയാണ് അതുകൊണ്ട് ഈ പുരുഷനെ നിങ്ങളറിയുക യഥാ ഹേ ശിഷ്യാഹ അല്ലയോ ശിഷ്യന്മാരെ മാവഹയുഷ്മാൻ മൃത്യു പരിവഥ മ പരിവഥത നിങ്ങളെ ഈ മരണം പിടികൂടാതിരിക്കട്ടെ അല്ലെങ്കിൽ മരണത്തിന്റെ വ്യഥ നിങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്താണ് സംസാരത്തിൻ്റെ ദോഷങ്ങളൊന്നും നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ മൃത്യു നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ പരിവ്യഥ എന്ന് വെച്ചാൽ അത് അതുകൊണ്ടുള്ള വ്യഥകൾ നിങ്ങളിൽ പരിവ്യഥ എന്ന് പറയുമ്പോൾ അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമല്ലോ അനന്തമായി ജന്മജന്മങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുഃഖം അതൊക്കെ അതിന് വിശദീകരിക്കാം അത് നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ അതിനെന്താണ് ഈ പുരുഷനെ അറിയുക നച്ചേ വിജ്ഞായീത പുരുഷവും മൃത്യനിമിത്തം വിധാ മാ പന്നാഹ ദുഃഖിനെ വ്യവസ്ഥ ഈ പുരുഷനെ അറിയാതിരുന്നുകഴിഞ്ഞാലോ പറയുന്നു ഈ മൃത്യുനിമിത്തമായിട്ടുള്ള ദുഃഖത്തെ പ്രാപിച്ച് നിങ്ങൾ വീണ്ടും പറയുന്നു ഇവിടെ വന്നു എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നിങ്ങൾ മടങ്ങിപ്പോയിക്കഴിഞ്ഞാൽ വീണ്ടും ഇതുതന്നെ ആയിരിക്കും അവസ്ഥ ദുഃഖിനെ വയം സ്തഹ നിങ്ങൾ ദുഃഖികളായി തന്നെ തീരും എന്നറിയും അതുകൊണ്ട് ഒരു മനുഷ്യജന്മത്തിൽ ഒരുവന്റെ ഉള്ളിൽ ആധ്യാത്മികമായ ജിജ്ഞാസയുണ്ടായി അതിനുള്ള ശ്രമങ്ങൾ ഒരുവൻ നടത്തി അവിടെ വന്ന് ഈ പരമാർത്ഥ തത്വത്തെ അറിയാത്ത മറ്റ് ഭാവനാലോകനങ്ങളിലൊക്കെ പെട്ടിട്ട് ഇവിടെ നിന്ന് കടന്നുപോയി കഴിഞ്ഞാൽ ചത്തുപോയി കഴിഞ്ഞാൽ വീണ്ടും ചാകാൻ വേണ്ടി വീണ്ടും ജനിക്കേണ്ടി വീണ്ടും ഇവിടെ ഈ ദുഃഖത്തെ തന്നെ അനുഭവിക്കേണ്ടി അതുകൊണ്ട് ചത്തുപോകരുത് ഇത് അറിഞ്ഞിട്ട് പോകണം എന്നാണ് പറയുന്നത് എന്തായാലും ചാകാൻ തയ്യാറെടുത്താണ് വന്നിരിക്കുന്നത് പക്ഷെ അത് ദുഃഖിയായി ചാകാൻ പാടില്ല ഈ തത്വത്തെ അറിഞ്ഞിട്ടേ പോകാവൂ വ്യതാം ആപന്നാഹ മാ എന്നാണ് വ്യഥയെ വീണ്ടും നിങ്ങൾ പ്രാപിക്കരുത് അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതറിഞ്ഞിട്ടേ പോകാവൂ അധ തന്മാ ഭൂ അതുകൊണ്ട് അങ്ങനെ ആയിത്തീരരുത് യുഷ്മാകം ഇത്യഭിപ്രായമല്ല എന്നർത്ഥം മറ്റു നാട്ടുകാരെ പോലും നിങ്ങളായി തീരരുത് എന്ന് ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളെങ്കിലും ബോധമുള്ളവരായിട്ട് വേണം പോകാൻ കാരണം ഇവരിവിടെ വന്ന് കുറേ കാലം എന്താണ് എന്തൊരു അഭ്യാസം ആദ്യം പറഞ്ഞല്ലോ ബ്രഹ്മചര്യം ഗുരുകലം എന്നൊക്കെ പറയുന്ന അഭ്യാസങ്ങളൊക്കെ ചെയ്തവരാണ് കുറച്ച് സമയം വെറുതെ കളഞ്ഞവരാണ് അതുകൊണ്ട് പറയുന്നു അതുകൊണ്ട് ഈ സമയം വെറുതെ കളഞ്ഞിട്ട് ഇവിടുന്ന് കടന്നു പോകരുത് അത് ഈ തത്വത്തെ അറിഞ്ഞിട്ട് തന്നെ പോകണം താൻ ഏവം അനുശിഷ്യ ശിഷ്യാൻ താൻ ഹോവാച പിപ്പലാദഹ പിപ്പലാദൻ പറയുകയാണ് അവരോട് ഇത് കാര്യങ്ങളെല്ലാം പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം പറയുന്ന കില ഏതാവ് ദേവ വേദ്യം പരം ബ്രഹ്മവേദ വിജാനാമ്യഹം എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി ഇത്രയേ ഉള്ളൂ എന്താണോ ഞാൻ അറിഞ്ഞിരിക്കുന്ന പരമാർത്ഥം ഇതാണോ എന്നാണ് ഒരുപക്ഷെ വരുന്നവർക്ക് അറിയാൻ പല കാര്യങ്ങളും കാണാം അപ്പോൾ ഇവിടെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഇങ്ങനെ പല വിദ്യകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറയുന്നു അതുകൊണ്ട് കാര്യമൊന്നുമില്ല വേറെ ഏതെങ്കിലും മാർക്കറ്റ് നോക്കുക ഇവിടെ മറ്റൊന്നും കിട്ടത്തില്ല പറയുന്നു ചില ഏതാവദേവ വേദി ഇത്ര മാത്രമേ വേദ്യമായിട്ടുള്ളൂ അറിയേണ്ടതുള്ളൂ എന്ത് പരമ്പരമാ അത് വേദ അത് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഞാൻ അറിഞ്ഞത് എന്താണ് നിങ്ങളെ ഉപദേശിച്ചെന്നിരിക്കുന്നു അഹമേതോ അസ്മാത് പരമസ്തി അതുകൊണ്ട് എന്റെ അറിവിലെന്താണ് അസ്മാത് പരം പ്രകൃഷ്ഠ ഇതിലും ശ്രേഷ്ഠമായി ഈ അറിവിനെക്കാളും ശ്രേഷ്ഠമായി വേദിതവിയും അറിയേണ്ടതായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല ഇവമുക്തവാൻ ശിഷ്യാൻ ശിഷ്യാണ വിശേഷ അസ്തിത്വ ആശങ്ക നിവൃത്തയെ അങ്ങനെയുണ്ടല്ലോ ീ പറയുന്നത് ഈ കേൾക്കുന്നതിലൊന്നും ഇവന്റെ ബുദ്ധി കുറയ്ക്കത്തില്ല അവന്റെ മനസ്സെന്ന് പറയുന്നത് ഇതിങ്ങനെ ഘോരഘോരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സെന്ന് പറയുന്നത് അടുക്കള ഇത് കൂട്ടുപരയിലാണെങ്കിൽ പിന്നെ അവനോട് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പം വിചാരിക്കും ഇനിയെന്തോ അറിയാനുണ്ടെന്ന് വിചാരിച്ച് അവൻ വീണ്ടും അന്വേഷിച്ചിടക്കും മറ്റു പല സ്ഥലത്തും അല്ലെങ്കിൽ മറ്റു പല രീതിയിലും നടത്തും തത്വം അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കത്തില്ല അതുകൊണ്ട് ശിഷ്യാണാം അവിധിത ശേഷ അസ്തിത്വശിഖ്യം ഇനി എന്തെങ്കിലും അറിയാൻ ശേഷിക്കുന്നു എന്നുള്ള ആശങ്കയെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഇനി നിങ്ങളറിയാൻ ശ്രമിച്ചാലും ഈ തത്വത്തിൻ്റെ തന്നെ ദാർഢ്യത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് ഈ തത്വത്തിൻ്റെ തന്നെ നിശ്ചയത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഈ തത്വമല്ലാതെ പുതിയൊരു കാര്യം ഇവിടെ അറിയാനില്ല എന്തുകൊണ്ട് ഞാൻ ഇതാണറിഞ്ഞിരിക്കുന്നത് സ്വന്തം അതാണ് ഇവിടെ പ്രിയ താൻ ഹോ വാച്ച ഏത് ദൈവാഹം ഏത് പരം ബ്രഹ്മവേദ ഇത് തന്നെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്ന പരമമായ തത്വം എന്നാ അതപ്പരമസ്തി ഇനി ഏതെങ്കിലും ഇതിൽ കൂടുതൽ ഞാൻ അറിയാനുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് എന്ന് വിചാരിച്ച് ഇവിടെ വീണ്ടും ചുറ്റിപ്പറ്റി കൂടരുത് പിന്നെന്താണ് അറിഞ്ഞേനെ ഉറപ്പിക്കുക അറിഞ്ഞേനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് മറ്റെന്തെങ്കിലും ഒന്നറിയാൻ വേണ്ടിയാകരുത് എന്നാണ് അവർക്ക് കാര്യം പിടികിട്ടി ഇയാൾ വിവരമുള്ള ആളാണ് പറഞ്ഞതിന് കഴമ്പുണ്ട് എന്നവർക്ക് പിടികിട്ടിയുണ്ട് അവരെന്ത് പരമ്പാരം താരസീതി നമ പരമുഭ്യോ നമ പരമ്യ തദ്സ്തേ ശിഷ്യത കേട്ടുകഴിഞ്ഞപ്പോൾ ആ ശിഷ്യം വരെന്ത് അനുശിഷ്ട ഗുരുവിനാൽ ഉപദേശിക്കപ്പെട്ടവരായ തം ഗുരു കൃതാർത്ഥ ഹസ്തന്ത പക്ഷെ അവരെന്ത് ചെയ്തു ഇവിടെ വന്ന പിപ്പനാഥന്റെ മുമ്പിൽ ഈ വിദ്യ ഗ്രഹിക്കാൻ വന്നവരെല്ലാം മോശക്കാരെല്ലാം അവരെല്ലാം ദേഷ്യമാരാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് തന്നെ മുമ്പ് ചിന്തിച്ചിട്ടുള്ളവരാണ് പലയിടത്തു ഈ വിദ്യ ഗ്രഹിച്ചിട്ടുള്ളവരാണ് പക്ഷെ അവർ എന്തു ചെയ്തു നിശ്ചയാത്മകമായ അജ്ഞാനത്തിന് വേണ്ടിയ അജ്ഞാന സംശയവിപര്യങ്ങളെല്ലാം നശിക്കത്തക്ക രീതിയിലുള്ള ദൃഢനിശ്ചയത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പിപ്പലാദൻ്റെ അടുത്ത് വന്നത് അവർക്ക് ആ വ്യക്തമായ ബോധമുണ്ടായി അതുകൊണ്ട് എന്ത് ചെയ്തു അവർ കൃതാർത്ഥരായി നടത്ത വിദ്യയുടെ ഫലത്തെ കാണിക്കുന്നു നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് വിദ്യയുടെ ഫലം എന്താണ് കൃതാർത്ഥത അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇവിടെ ചർച്ച ചെയ്താൽ ശരിയാകത്തില്ല അപ്പോൾ വീണ്ടും നീണ്ടുപോകും അതുകൊണ്ട് എന്ത് ചെയ്തു അവർ കൃതാർത്ഥന്മാരായി കൃതാർത്ഥസന്ത വിദ്യാനിഷ്ക്രയം അപശ്യന്ത കിം കൃതവന്ത ഇത് ചെറിയ അപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് ഗുരുവിൽ നിന്നും ഗുരു തന്നിലിരിക്കുന്ന വിദ്യയെ നമുക്ക് പകർന്നു തന്നിരിക്കുന്നു വിദ്യാനിഷ്ക്രയണം വിദ്യാനിഷ്ക്രയണമെന്ന് പറയുന്നതാണ് ഒരു കൊടുക്കൽ വാങ്ങലാണ് ഒരു പകരക്കച്ചവടമാണ് എന്താണ് ഇവിടെ ഗുരു തന്നെ ലഭിക്കുന്ന വിദ്യയെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകുന്നു ശിഷ്യന്മാരെന്തു ചെയ്യുന്നു ആ വിദ്യയെ സ്വീകരിക്കുന്നു രണ്ട് സംഭവിക്കുന്നു ഗുരു അതിനെ പകർന്നു നൽകുന്നു ശിഷ്യന്മാർ സ്വീകരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല ക്രയവിക്രയം എന്ന് പറയുന്നത് അതാണല്ലോ ഒരാൾ കൊടുക്കുന്നു മറ്റൊരാൾ വാങ്ങുന്നു എന്തായാലും ശിഷ്യന്മാർ ഇതിനെയെല്ലാം പകർന്ന് സ്വീകരിക്കാൻ തയ്യാറാണ് ഗുരു കൊടുക്കുന്നില്ലെങ്കിൽ അതുമില്ല ഇവിടെ രണ്ട് സംഭവിച്ചു ഗുരു എന്തു ചെയ്തു ആ വിദ്യയെ പൂർണ്ണമായി ശിഷ്യന്മാർക്ക് പകർന്നുകൊടുത്തു ശിഷ്യന്മാരെന്ത് ചെയ്തു ഗുരു എങ്ങനെയാണോ തൻ അത് പകർന്നു നിന്നത് ആ രീതിയിൽ സ്വീകരിച്ചതുകൊണ്ടാണ് പറഞ്ഞത് കൃതാർത്ഥാ ഹസ്തന്ത അവർ സ്വയം കൃതാർത്ഥരായ വിദ്യ കിം കൃതവം ആ കൃതാർത്ഥത അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ചെയ്തു അർച്ചയന്ത പൂജയന്തു സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യം അവരെന്ത് ചെയ്യുന്നു ഗുരുവിനെ പൂജിച്ചു അതിന് വിശദീകരിക്കുന്നു പാതയോഹോ പുഷ്പാഞ്ജലി പ്രകരണേ കിരണേന എന്നു പാദങ്ങളിൽ പുഷ്പാഞ്ജലിയെ അർപ്പിച്ചുകൊണ്ട് പ്രണിപാതേന സ ശിരസാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കിം ഊജഹു എന്നുവെച്ചാൽ ഗുരുവിനോടുള്ള ഭക്തി എല്ലാം അവർ പ്രകടിപ്പിച്ചുകൊണ്ട് വിദ്യകൊണ്ട് കൃതാര്ത്ഥരായത് കൊണ്ട് അപ്പോൾ എന്താണ് ഇവിടെ സാധാരണ പറയുന്നതുപോലെ അദ്വൈതം മനസ്സിലായി കഴിഞ്ഞാൽ ഗുരുവിനെ നിഷേധിക്കും അതുകൊണ്ട് അദ്വൈതം ആരും മനസ്സിലാക്കരുത് എന്നൊന്നുമല്ല ശ്രീജി പറയുന്നത് അത്വിധം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ആരും നിഷേധികളായില്ല അത് വിധം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആപത്ത് സംഭവിക്കുന്നുള്ളതുമില്ല ഇവിടെ എന്തു ചെയ്തു അവർ ഗുരുവിനെ ആദരിച്ചുകൊണ്ട് തന്നെ എന്താ പറഞ്ഞത്വം ഈ നോ അസ്മാകം പിതാവ് അങ്ങ് ഞങ്ങളുടെ പിതാവാണ് എന്ന് പറയുന്നു ബ്രഹ്മശരീര സി വിദ്യാ ശരീരം നൽകുന്നവനെയാണ് പിതാവ് എന്ന് ഇവിടെ എങ്ങനെ പിതാവാകും പറയുന്നു അത് ബ്രഹ്മശരീരം വിദ്യകൊണ്ട് ബ്രഹ്മശരീരത്തെ ബ്രഹ്മബോധത്തെ നൽകി അതാണ് ബ്രഹ്മശരീരത്തെ എന്നുള്ള പറയുന്നു ജനകശ്ച ഉപനേതീ അന്നദാത ഭയത്രാധ പഞ്ചെയ്ത പിതൃസ്മൃതാഹ ഒന്ന് ജനകൻ തന്നെയാണ് പിതാവ് പിന്നെ എന്താണ് ഉപനേയത വിദ്യ ആരംഭിക്കുന്നതിന് വേണ്ടി ഉപനയനം ചെയ്യുന്നവൻ അഭ്യാസ അക്ഷരാഭ്യാസം തുടങ്ങിക്കുന്നവനും പിതാവാണ് വിദ്യാം പ്രയിച്ചതി വിദ്യ പഠിപ്പിക്കുന്ന പിതാവാണ് അന്നദാത അന്നം നൽകുന്നവൻ പിതാവാണ് ഭയത്രാത ഭയത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ പിതാവ് ഇങ്ങനെ അഞ്ച് പിതാക്കന്മാരുണ്ടെന്നാണ് ഇവിടെ എന്താണ് വിദ്യ നൽകിയത് ഇവിടെ ഗുരുവും പിതാവാണ് പിതാ ബ്രഹ്മ ശരീരസ്യ വിദ്യാ ജനതൃത്വ അമരസ്യ അഭയസ്യ പറയുന്നു എന്താണ് ഇവിടെ ബ്രഹ്മശരീരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ശരീരം നിത്യമായിരിക്കുന്ന അജരമായിരിക്കുന്ന അമരമായിരിക്കുന്ന അഭയമായിരിക്കുന്ന ഞാൻ പറയുന്ന ബ്രഹ്മവിശേഷണമാണ് അങ്ങനെയുള്ള തത്വബോധത്തെ നൽകിയവൻ ഏവം അസ്മാകം അവിദ്യായ വിപരീതജ്ഞാന ജന്മ ജര മരണരോഗ ദുഃഖാതിഗ്രഹാണു വിദ്യ അവിദ്യാമഹോദേഹേ അവിദ്യയാകുന്ന മഹാസമുദ്രം അവിടെയുള്ള എന്താണ് മുതല അവിടെ ഇറങ്ങുന്നവരെ പിടിച്ചു തിരുന്ന മുതല അതാണെന്തെന്ന് വിപരീതജ്ഞാനം ജന്മ ജര മരണം രോഗം ദുഃഖം തുടങ്ങിയ മുതലകളാണ് അവിടെയുള്ളത് ആ മുതലകളുള്ള അവിദ്യയാകുന്ന മഹാസമുദ്ര സമുദ്രത്തിൽ നിന്നും കരകയറ്റി മറുകര സംസാരസാഗരത്തിന്റെ മറുകരയിൽ എത്തിച്ചു എന്ന് പറയൂ ഇവിടെ അവിദ്യയാണ് മഹാ മഹാ ഉദി ആ സമുദ്രം അതിന്റെ മറുകരയിലാണ് ഇവന് എത്തിച്ചേരേണ്ടത് പക്ഷെ അത് മറുകരി എത്തിച്ചേരുന്നതിനോട് തടസ്സമായിരിക്കുന്ന എന്താണ് ഒരുപാട് മുതലകളുണ്ട് അതാണ് ഇതെല്ലാം വിപരീത ജ്ഞാനം ജന്മം ജല മരണം രോഗം ദുഃഖം പക്ഷെ അവിടെ എന്തു എങ്ങനെ സഹായിച്ചു വിദ്യാപ്ലവേനാ വിദ്യ ആകുന്ന ഒരു തോണി ആ സമുദ്രത്തിൽ ഇറക്കിയ ഗുരു ഇറക്കി ഈ ശിഷ്യനാ തോണിയിൽ കയറ്റി ഈ സംസാര സമുദ്രത്തിന്റെ മറുകരിയിലെത്തിച്ചു അതാണ് പരമ പരമ പുനരാവൃത്തി ലക്ഷണം എന്താണ് ഈ സമുദ്രത്തിന്റെ മറുകരയിലേക്ക് പോയി കഴിഞ്ഞാൽ വിദ്യയാകുന്ന തോണിയിലൂടെ അവന് തിരിച്ചു വരേണ്ടി വരുന്നില്ല മോക്ഷാഖ്യം അതിനാണ് മോക്ഷം എന്ന് പറയുന്നത് മഹോബുദ്ധദേ എങ്ങനെയാണോ ഒരു മഹാസമുദ്രത്തിന്റെ ഒരു മറുകരയുള്ളത് ഏത് മഹാസമുദ്രമായാലും മറുകര കാണും അതുപോലെ ഈ സംസാരസാഗരത്തിന്റെ മറുകരയിൽ പാരം താരേസി അസ്മാൻ അങ് എന്ത് ചെയ്തു ഈ സംസാരസാഗരത്തിന്റെ മരകരയിലെത്തിച്ചിരിക്കുന്നു അസ്മാനിത്യതഹ പിതൃത്വം തവ അസ്മാൻ പർത്തി ഉപന്നം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അങ് പിതാവാണ് ഈ ശരീരത്തിന് ജന്മം തന്ന പിതൃ അവിനെ പോലെ തന്നെ അങ്ങ് പിതാവാണ് അസ്മാൻ പർത്തി പിതരസ്മാ അതുകൊണ്ട് എന്താണ് മറ്റു ജന്മം തന്ന പിതാവിനെ പോലെ തന്നെ അങ്ങും പിതാവാണ് അദ്വൈത ബോധം കൊണ്ട് അവര് ഗുരുവിനെ ഒന്നും നിഷേധിച്ചിട്ടാ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലാത് ശ്രുതി അങ്ങനെ പറയുന്ന ലീതരോപി പിത ശരീരമാത്രം നേരി പറയുന്നു മറ്റു പിതാവ് ശരീരം മാത്രമാണ് നൽകുന്നത് തഥാപി സ പൂജ്യതമോ ലോകേ അങ്ങനെ ശരീരം മാത്രം നൽകുന്ന ആ പിതാവ് അങ്ങേയറ്റം പൂജ്യനാണ് പറയുന്നു പൂജ്യതമനാണ് ഈ ലോകത്തിൽ കി അങ്ങനെയാണെങ്കിൽ ആത്യന്തികതു അഭയധാതു ആത്യന്തികമായ അഭയദാ ദാതാവായിരിക്കുന്ന മോക്ഷപ്രദനായിരിക്കുന്ന പിതാവിന്റെ കാര്യം പറയാനുണ്ടോ ഗുരുവിന്റെ കാര്യം പറയാനുണ്ടോ ഇത്യഭിപ്രായ തന്നെ അതിന്റെ താല്പര്യം നമ പരമേശിഭ്യു ബ്രഹ്മവിദ്യ സമ്പ്രദായ കർത്തൃഭ്യോ നമുടികൾ എന്ന് പറയുന്ന ബ്രഹ്മവിദ്യ സമ്പ്രദായ കർത്താക്കളാണ് കാരണം ഈ വിദ്യ എന്ന് പറയുന്നത് പരമ്പരയായി വരുന്ന വിദ്യയാണ് അവരെ നമസ്കരിക്കുന്നു പരമേശിഭ്യയിലെ ദിവജനം ആദരാർത്ഥം ആ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആവർത്തിച്ചത് ഓം ഭദ്രം കർണേഭിർതി ശാന്തി ശാന്തി ശാന്തി